برد الصمح للراهن باركيد لا نهارك ولا آخرية نحمده تعالى دروه على ما خضله وعرضاه من أيامه الأبدية ونستغينه سبحانه وتعالى ونستنصره على كل جبري حضرته السبطية ونسعد أن لا إله إلا الله ورحمه لا شريك له المنزغ عن الشريك والغيرية المقبضة عن الحلول والإتناع وطبوط السبية والسدى أن زيدنا ومعولانا محمد حصوله وإحماقه المختص بالنزاعة الناصرية من غير محاناة داخلية ولا تهرية الله عليه وسلم على آله وصحابه وحسرته وحزابه المنزئين من النخلاف الدنيا المنصوصين من محاكم النخلاف الدنيا اما بعد فقد شيء وقبل فاعلموا والذائر الى الله تعالى سلوك طريق الابدي والربيه واطلبوا يوصلن عبدا الى مولاه صحبه العارفين وذلهم من العليه والصلبيه النبيه واتقدوا بين ما شيبي المسائل عن النزاع والتصفيح فالاطلاع مقاماتهم واخبارهم من عباد وزهاب وقراء بصوفيه والبعد ان سيلهم واحضالهم والتعصب بأذابهم المرضيه واستهقت باحلامهم ومسميهم المذتيه سلمم بعدم ان سنهم الضاد سالم هذا كثير لذلك ضاد هذا ذا سالم قد ماثره مثليا ويذيل الفتي صوفي ابن البنطوري القصي في مباحثه الاصلياه قال الله دره لقد حرر فيه, فيه المبنى فبالغ فيه غايته القصي والمنى في رد مختصرين بديعين قال من سلسل الزه ر اذا لبي بين ابي رسول الذي تضاهر فيه, فيه, فيه معالم السهى فعرض بعون الله ان وضع شرحا متوسطا ليس بالطويل الممل ولا بالطير المخل بين المعنى ويحقق المقصد عملي يليه امرت به سبحانه بالواسط المحقق الكامل سيدي محمد بن احمد البوزيدي الحداني ظن فعدم تصرفته بعض اخت طلبه اشاء ان ذكرني الخاص والعام فيا قوم من عباد مسلم للارتقاء درجات درجات درجات المعارفه على تمام وما توفيقي الا بالله وما عليه توكلت واليه وليت وحسبنا الله ونعم الوكيل ولا حول ولا قوه الا بالله العلي العظيم وتميت كل قطعه للهيا في شرح المطائح الاصليه قال الله تعالى ان يختهى على من حذبه او طالعه او حذب له او سمعه ارئه فتحا مبينا لاجرا وباطنا بمنه مكرمه وبجاه سيد الخلق سيدنا وقولانا محمد صلى الله عليه وسلم نبيه به آزين وهذا غان الشروع في المقصود وصابيل من مبادل الكرم بالجود صاحب المقامات المحمود والصعود الموجود خليوال ماضود سيدنا ومولانا محمد المرشد الى الذي موجود مبادل الروح والنور ضاهي المضاهب والسرار فان من جوديك الدنيا والرضا ترى نور يغلي ومن دومك علم اللوح والقلمين فما قتل على العالفين من الغرار ببل أسرار إلا رشحات من بسهات النبي المخطار إذن من شكت الأسرار وانفلقت الأنوار وفيه صلى الله عليه وعلى آله وعلى آله وصحابه الطيب برار الحمد لله الله بلك اتبع لك اللهم بغلق هذه عبر نورة حياتي نفي دريح لحمد الله إلانا لنبكش ونبغل لنقكش لحمد الله بلين ملبه لحمد الله إلانا لنبك العناظرين لالأصلية القديمة والفرقية قديمة يا عمد الله لذا يا عمد له മായ ഹിനാതി കഥീമായ ഹിൻ ദിനം ഒന്ന് അള്ളാറു വർമാനസ്തുതിച്ചത് അറു അതിന്റെ വടപ്പുകളെ അമ്പിതാക്കളെ അവിടിയാക്കളെ ശ്രദ്ധിച്ചത് രണ്ടും കതിയുമായ ഹന്താണ് അല്ല എന്ന കലാമാണല്ലോ ആദിതായ ഹന്തി തന്നെ വടപ്പുകൾ അന്നാന്നെ സ്വദിക്കൽ ആദിതാവും വടപ്പുകൾ പരസ്പരം പടപ്പുകളെ സ്തുതിക്കുണ്ട് അതും ആദിത്താവും അതിയും കഥീമയും അവർഗിത്തമായ എല്ലാ ഹും നടത്തും െ അപ്പോ ആരാളെ സ്വദിച്ചാലും മഹമൂദാണ് തന്നെ അള്ളാവു തന്നെയാണ് പൊടപ്പൂടെ ചോദിച്ചാലേ നാടിൽ കുറയായി മഹമൂദാണെ ഈ പടപ്പിനെല്ലാം കൊടുത്ത ഓണാവെന്നല്ലേ കൊടുക്കുന്നു അള്ള അന്നാണെ ചോദിച്ചാലും ശരി അള്ളാ കൊടപ്പിനെ ചോദിച്ചാലും ശരി പടപ്പ് അന്നാണ് ചോദിച്ചാലും ശരി പടപ്പ് അതെന്ന നമുക്ക് അർഹിക്കട്ടെ അള്ള അന്നാണെ ചോദിക്കുന്ന ചെലപ്പും ഓണും അന്നാണ് ചോദിക്കുന്ന സെലക്കും താല് തന്നെ അള്ളതന്നെ ിച്ചാലും അന്നാവ് പുറത്തിന് ചുധിച്ചാലും നേർക്ക് നേരെ വാഹിൽ മടങ്ങുന്ന ഈ മഹമോദി വ്യക്തിയാണെങ്കിലും അതിന്റെ അച്ഛനും എടുത്തേക്കാവുന്നില്ല അമ്മാവിധ അപ്പോ മഹമൂ വന്നാളോ അതുപോലെ ഹാമിദ് ഉണ്ടല്ലേ അതുപോലെ ഹാമിദായി എന്തുകൊണ്ട് അമ്മാഹു വാര മുണത്താൽ നിഹായത്തിൽദീ അഹദീയത്തിന്റെ നിഹായത്തിൽദീപ ലോകത്തിലും നടക്കുന്ന അമ്മാവിന്റെ ഇതിനിരാതത്തില്ലാതെ കണ്ടും അവന്റെ നദീർ ഇല്ലാതെ കണ്ടും ഒന്നും നടക്കൂല എന്നെല്ലാം നിലനോക്കുന്ന അവസ്ഥ പറഞ്ഞിടത്തേക്കാണ് അള്ളാഹു ഡേക്കാൻ വാങ്ങുന്നത് അപ്പൊ അള്ളാഹും മഹ്മൂദും ഹാമിലും വാങ്ങുന്ന പിന്നിത്ത് ഈ ലോക നടത്തുന്നു അത് നനിയെ അള്ളാഹുക്കാലെ കനീയാണ് കരിമാണ് കനിയാമ്മ സ്വന്തം വീനട്ട് ആ വനക്ക് അതണ്ടാക്കി ബോർവാക്ക് കൊടുത്തിട്ട് മാറാക്കാന് അതിൽ നിന്ന് അവതാരം ചെയ്താണ് കറന്നു കൊണ്ടത് അതായത് വലിയും കരിയുമായി വലിയ നെസ്റ്റിലേക്ക് ചേർത്തിട്ടായി ജനാലിയാണ് വലിയ നെസ്റ്റിലേക്ക് ചേർക്കുമ്പോൾ ജനാലിയാണ് ശരിയുമാവുന്ന അവസരത്തിൽ ജമാലിയുമായി ആദ്യമാണ് അൽ അസിയാണ് അസിനുള്ള തെറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് എങ്ങനത്തെ അതിൽ വല അത് അബലിയെത്തൊന്നാ കാപ്പിക്കാൻ വേണ്ടി വന്നതാ ഇതാസിൽ അബ്ബലി തെറ്റാലി സാധാരണ അബ്ബലി എന്ന് പറഞ്ഞാൽ ഇമാറിയുണ്ട് എങ്ങനെ ആദ്യം മണ്ണാലാണ് ഇന്നാട് അന്നലൊക്കെ ഒരു അവലിയെ അപ്പൊ അന്നിലൊക്കെ അമ്മാവിന് എണ്ണിയതാക്കും മറ്റൊന്നിലേക്ക് ചേർത്തിട്ട് അഭിനയത്തിൽ വിവാദം അറിയിച്ചതാകുന്നു അവർക്കൊരു അഭിനയത്തിൽ ചേർത്തിട്ട് അവരുടെ മക്കളുടെ പാരമ്പര്യത്തിലേക്ക് ചേർത്തിട്ടുള്ള അഭിനയത്തിൽ പക്ഷെ അമ്മാവിന്റെ പിതം എന്നേലോ അതിന് ഒമ്പത് അതാണ് അഭിനയത്തില്ലാന്ന് അറിയുന്ന അർത്ഥം തന്നെ മറ്റൊന്നിലേക്ക് ചേർത്തിട്ടുള്ള അഭിനയത്തല്ലാതെ കുശലക്കാല അഭരാമെന്ന് നൽകാനാണ് هذا لا ألفرض سمد الباحد الباقي بلا نهاية ولا آخرية من نهاية وآخرية منه أبا الله آخرين ومنال حتم لي كفير كل آخرين من لات وآخر كفرين يلام نفسه نكري للمك أبا الله من الثنزيه ألفرض يترون نحمده تعالى الله من الأمر الله من قولي سلكمن അവധിക്ക് ഷുഗർ കൊടുക്കുന്നു അന്ത് ശുഗുർണമെന്ന വ്യത്യാസം കുറച്ച് ഞാൻ പറയും എന്താ അന്താ ശുഗർ നമുക്കും പറയും എന്തിനാ അയാമ അബലഹു നൽകിയ അനുഗ്രഹമായി നൽകിയ പല കാര്യങ്ങളുടെ പേരിൽ എന്തിനാണെങ്കിൽ അയാദീൽ അവധിയ അവന്റെ അവധിയായ കാലാകാലം നിൽക്കുന്ന അവന് ഏമത്തുകളാണ് എന്ന് ചോദിക്കുന്നു ഏമത്ത് കാലാകാലം നിൽക്കുന്നുണ്ടോ അങ്ങനെ നിയമത്തിൽ വരാൻ നിൽക്കുവന്യവിയ നിയമത്തിലേക്ക് ചേർത്തിട്ടാണ് പാഴകാലം നിൽക്കൂലെന്ന് പറയും ബുഹറവിയ നിയമത്തിണ്ട് മാരിപ്പത്ത് ഈഴായിരം തൊള്ളായിരത്തി മുതലായവ നിന്നാൽ അങ്ങോട്ട് നിൽക്കുന്ന അപ്പൊ ഊപ്പറം എന്താക്കി ദുന്യവിയ നിയമത്തിന് പരിഗണിക്കാതെ കണ്ട് മുഖറവിയ നിയമത്തിലെ കണ്ണ് നട്ടു കൊണ്ടാവുന്നത് അപദീയ എന്ന് ചെയ്തു കൊടുക്കുന്നു ഓർത്തി ലക്ഷത് ദുഞ്ഞാപനം ഉണ്ടാക്കി ചോറ് ില്ല പക്ഷെ അത് ഉതഞ്ഞതിലേക്ക് മാത്ര അതുകൊണ്ടായിട്ട് കുമ്പത്തുകൊണ്ട് ഉപയോഗിച്ചിട്ട് ഒരാളും താഴ്ച ചെയ്തു താഴ്ച ചെയ്ത് അതിന്റെ അവസാനിക്കില്ലേ അതായത് ആ നല്ല വനസ് അതിനു ഹോ സുബാനുഹോട് നമ്മൾ ഇതിഹാന തേടുന്നു വനസ് എസ് നമ്മൾ അവിടെ സഹായത്തിനെയും തോടുന്നു അതെന്താ ഞക്സൈനും നമ്മുടെ ഇത്യാസം ഞത്രു എന്ന് പറഞ്ഞെങ്കിലും ഒരു തടുക്കിലുണ്ടാവും ഒരു തടവുണ്ട് അപ്പൊ പ്രതിബന്ധങ്ങളെ ഇങ്ങനെ നത്രു എന്ന് പറഞ്ഞ എന്താ തടവാണ് അപ്പൊ പറഞ്ഞ നെസ്റ്റു പറഞ്ഞത് ചുരുനോക്ക തെരയിക്കും നഗരത്തിലെക്കെട്ടുണ്ട് ഒരുപാട് അവായ്ക്കകളുണ്ട് ജെയ്താനൊരു ഭാഗത്തുണ്ട് വിഞ്ഞാവ ഒരു ഭാഗത്തുണ്ട് കഠിനവ ഒരു ഭാഗത്തുണ്ട് കൂട്ടുകെട്ടുള്ളൊരു ഭാഗത്തുണ്ട് തരണം വിടാത്ത കൂട്ടുകൾ ഇതൊക്കെന്താ അവായ്ക്കുകളാണ് ഈ അവായ്ക്കകൾക്കെതിരെ നിർത്തുമരാത്ത ഭാഗത്തോളം പ്രധാനം ഒന്നോ കഴിയൂല അപ്പൊ ഇത്യാസാനത്തിന് പറഞ്ഞ ഇപ്പറന്ത അവായ്ക്കുകളെ തടുക്കാനുള്ള ആഗാക്കളെ തടുക്കുവാനുള്ള നെക്കുന്ന കൂടെ ആ ചോദിച്ചു അപ്പൊ അതിലെ ഓരോ സൂചനകളാണ് വരാമോ പ്രതിബന്ധങ്ങളും കൂടി കാണിക്കാൻ നല്ലവരെയും ബുദ്ധി ആവേശമുണ്ട് മനസ്സിലാവും അല്ല ഇതാകു മനസ്തകോ ശരീരോ എങ്ങനെ അൽ മുനു അനുശരീക്കുവത് വൈരിയ ശരീരിക്കും വൈരിയത് അപ്പം തന്നെ കാപ്പിപ്പിച്ചതാണ് ശരീരം അപ്പൊ രാ ആവട്ടെ സിഫാത്തിലാവട്ടെ അഹ്ദിലാവട്ടെ ഏത് ചൂനിലാവട്ടെ ശരീരത്തൊക്കെ മനസ്സഹാ നമ്പകൂലാ ശരി തന്നെ മനസ്സിലായില്ലേ വരകൂലാശരിക്കണം അതിനാൽ മനസ്സനിക്കുന്നു അവൻ പ്രശുദ്ധനാണ് അല്ലെങ്കിൽ ബന്ധിച്ച് അതെന്താ പറയാൻ കാരണം അമ്മാവുബാരൂ വത്താനത്തിലേക്ക് ചേർത്തിട്ടാണ് എന്താ പറഞ്ഞത് ശരീക്ക് വരിയത്തിൽ തൊക്കെ മനസ്സിലും അവരുടെ ജമാലീത്തിന്റെ മറ്റൊരു വശണ്ടല്ലോ എങ്ങനെ ഇവർ തസ്തിയത്തും കബീത്തും ഇങ്ങനെ ആക്കി വരുന്ന വസ്ത്രത്തിൽ ഒരുപാട് തജലിയാത്തുകൾ ഇങ്ങനെ കിട്ടും അത് പറഞ്ഞു വൈരാശുന ജല്ല കഥ ബുഹാരി തല്ലി അബുനീയുനീരു അന്നല കൊണ്ടു വെച്ചാൽ അബുദിനന്ന കൊടുത്തോളൂ അബുദിനധ്വാനം ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചാല് വളരെ പ്രയാസിച്ചാളി അത് ഇങ്ങോട്ട് ഉണ്ടാക്കണോ അപ്പൊ സുലൂക്ക് കൊണ്ട് മാത്രം കെട്ടലി ആകാത്ത പറ്റൂല ജനുപാസും പോണോന്നായി പുഷ് പുള്ളി കുന്നു സുലൂക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ കുഷ് പോന്ന ഭാവുന്ന തിരിച്ചു കേട്ടില്ല ഒരാൾ ഈ പൊണ്ണിന്റെ അകന്നാക്കി കയറണമെന്ന് പറയുമ്പോൾ കൈ കുറിച്ചിട്ട് പേരിങ്ങനെ പത്ത് എറണിട്ട് പൊക്കറിട്ടല്ല ഇവന്റെ അധ്വാനം പുള്ളി ആ ബാക്കി പൊക്കലി ഈ പുഷിങ്ങുമാണ് സുരൂക്ക് എന്ന് പറയുന്നത് ജതുപാത്ത പുള്ളിങ് പറയുന്നത് പകൃവെന്ന് പറയുന്നത് വരാത്ത വരെ പുള്ളി ഒന്നും കഴിയില്ല പോകുന്നതിരിക്കും ഈ പുള്ളിങ് ഇല്ലാഞ്ഞാൽ വേഗം ആയി ചെയ്യൂല അപ്പം എന്താണ് ജെബാത്തമാണ് സുലൂക്കും വേണം പുഷൻ പുണ് അപ്പൊ സുരൂക്കിലേക്ക് മാണക്കം ചെയ്തിട്ട് പറഞ്ഞ് അതിനകാട്ടി മക്കളും ഒക്കെ തൊട്ട് അന്യനാ തറാത്തവും പക്ഷെ വൈലൻ വാരാ പുതുറത്തൽ അബിനി എതിരെ നോക്കി ജെടുപ്പത്തിലേക്ക് തുടങ്ങി എന്ന് പറയുമ്പോ പിരാജകരായിട്ട് ഈ മത്സ്യത്തെ കൂടി പൊപ്പറം കട്ടി നടക്കലെന്നർത്ഥം വെക്കലത് അതല്ലേ അത് അവയൊക്കെ താറാദ്യം കേറും മനസ്സിൽ അത് ചെറുപ്പത്തിലാണ് അവർ ബിരാതാണ് ജെടുപ്പത്തിൽ ബിരാദിനെ അർത്ഥം റബിന്റെ വെക്കുന്ന മാവൂലത്തിവിനെ കുടികൂടലർത്ഥങ്ങൾ ചെറുപാത്തിൽ ജെപാത്ത് റബിന്റെ വെക്കെന്നാണ് സ്വരൂക്ക് അർഥിന്റെ റെസിൽപ്പെട്ടതും ലോക്കിനോട് എത്തി മാറിയില്ല ലോക്കുണ്ടായ ചെതുമാതിന്റെയും കഴിയില്ലല്ലോ അപ്പൊ ജതുപത്രം തന്നെ ഗ്രാമമാക്കല്ലേ അപ്പൊ അന്ന് എന്ത് വരും അപ്പൊ അൻവാടികളെയും അങ്ങനെന്താക്കും ഹക്കി കപ്പിന്റെ നഷ്ട പുറത്തുവരും അദ്ദേഹത്തിന് അത്താന്റെ പുറത്തേക്ക് വാങ്ങുന്ന അത് നപൂവത്തായിരിക്കും അല്ലെങ്കിൽ വിലട്ടായിരിക്കും അതിന്റെ മൂന്നാമത്തൊന്നുമില്ല അത് ചില അധികം എത്തിയതാന്ന് ഒന്നെങ്കിൽ ആ പ്രസൂസിക്കത്ത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ വിലയത്ത് നിപൂപത്ത് മുക്തമല്ല സുരൂപ്പ് കൊണ്ട് കിട്ടുന്നതുമല്ല അത് സുരൂപ്പിന്റെ ആവശ്യമില്ല വിരാറ്റെന്നുണ്ട് വിരാറ്റ മുക്തബം എന്ന് പറയാം അതിന് ചില അങ്ങനെ ഇവരെ കൂടി അസാധാരണമായ വലിയ പവറായിരുന്നു ലോകം കൊണ്ടുവന്ന് ചിലപ്പോ നിയന്ത്രിച്ചോണ്ടി വരും ില്ലേ അതിന്റെ അർത്ഥം ഇവരിൽ അന്നാത്തരായി എന്നോ അന്നാൽ ഇവരിയുടെ ബുദ്ധിതായോ എന്നല്ല രണ്ടാണ് സമമായി എന്നല്ല അന്നാൾക്ക് തുല്യത വന്നു എന്നല്ല അതാണ് സുഹൂത്ത് സെവ്യ ഇവരെന്നാളെ പോലെ ചെന്നാത്തൊരു സിമ പാരമില്ല സെവിയത്തില്ല അന്ന് ഇവരും കൂടെ ഒന്നാകരുല്ല അന്ന് ഒന്ന് ഹാൽ അത് കടലിന്ന് പറഞ്ഞ മറ്റൊരു അല്ല നമ്മൾ അതിനെ നോക്കി നമ്മൾ പറഞ്ഞ കേദ അൽ മുഖദ്ദസ് يعني الولوي والاستهابي والطبوتي الربيعാണ് പറഞ്ഞത് അതുകൊണ്ട് വല്ല സവല്ല سيدنا ومولانا محمد الرسول المصطفى ഇങ്ങനെയുള്ള റബിയാണ് അൽ മുർസൂൽ അവൻ അർസൽ തങ്ങൾ അർസൽ ദലാ പ്രത്യേക മകപ്പെട്ടവരാണ് ബി അസഹാബത്തുൽ അസ്ലിയാത്തി ആയിത്തൽ മസ്മുറസഹ അബൂ الشيخ നമ്മെ റബിയത്തിൽ കൂടിയോ അല്ല ജിദ് അതിൽ കൂടിയോ കൊറേ വിഭാഗത്തിൽ അസാദ് ചെയ്തിട്ടൊന്നുമല്ല തങ്ങളെ എന്നുള്ള നസാഹത്തിൽ പുറത്തുമ്പോൾ തന്നെ നസാഹത്തിൽ അസലിയ ആ നസാഹത്തിൽ അസലീയന്റെ രീതിയാണെന്ന് പറഞ്ഞത് മഹാനാ തഹലീത്തുമൊ തഹലീയ തഹരിയത്ത് തഹലീയത്തി എന്ന പരിപാടിയുടെ ഒരു അധ്വാനമേ അവിടെ ഉണ്ടായിരുന്നില്ല പണ്ടാതല്ല നീക്കലല്ലേ കഹറിയത്ത് ഇവിടെ ഈ ഗളിച്ച് വൃത്തിയാക്കാൻ വേണ്ടി ആദ്യം ചരണ്ഡി മണലേക്കൊക്കെ തറക്കലാണ് തഹരിയത്ത് എന്ന് പറയുന്നത് ചെറുപ്പ മുടി എല്ലാം കളഞ്ഞു ആനിയെന്താ വെയിറ്റടിക്കണ്ട് ജെർണി കണ്ട് നമുക്ക് വെള്ളം അടിക്കും നമുക്ക് പൊലിഞ്ഞിക്ക അതാ തസലീൽ ആ തസലിയെ സ്വാമിയില്ല മഹനീ സ്വാമില്ല ഒന്നും അമ്പിയാക്കുന്ന കമാലത്താണ് ഒഴിവാക്കിയത് മന ആലി വാസാബി മൈത്രാബി അഹാബി തങ്ങളെ അസഹാബി ഇത്തരത്തെ മുഴുവനും ആരാണ് പരിശുദ്ധരാണ് അനിൽ അഹ്ലാഖി സീതയായ എല്ലാ സ്വഭാവങ്ങൾ തൊട്ടും അതിലേക്ക് നോക്കിട്ട് നോക്കിട്ട് അതല്ല അനിൽ പറഞ്ഞത് അൽ മൗസൂഫീന വിമഹാത്തിൽ തീ ഷിയുടെ ബോബി അപ്പം നടന്നാ മതി ഇതിലെല്ലാം പറയാ അമ്മ ബാഗുൽ പറഞ്ഞു പറഞ്ഞതിന് ശേഷവും ഇതിന് മുമ്പ് പറയാനുള്ളത് അത് നമുക്ക് പറയാൻ ഏതാ ആദ്യം കണ്ടു വെച്ചിരുന്നു പക്ഷെ ഞാനീ മുഖത്തി കട്ടണം എന്ന ഇത്തിന് വേണ്ടി കിട്ടിയിട്ട് അതാ മുമ്പേ കഴിച്ച് എത്തി വെച്ചത് അപ്പൊ അഴകമുൽ അള്ളാഹുവിനെ കൊള്ള ചേരുമാനുള്ള വസീലന്റെ കൂട്ടത്തിൽ അഴമമായ വസീലാ വസാൻ പള്ളച്ചേർന്ന് ഇങ്ങനെ പെട്ടീം പിടിച്ച് മരത്തിക്കാർ കൊടുത്തു കത്തില്ല النهان بالله سلوك الله نعندان الله ويدا اسمان صفات التحقائك بالمني كاريين أقند انضاءهم تخلكوا درق أعاد ان تعلقوا ورهم في ان ان دوارهم أعاد ان تحققوا ورهم جلب التعلق ورهم من التخلك ورهم في ان دوارهم ماهل تحققه أفعب من المعاكل التحقق الله فالدير التعلك ولي تخلكوا درق അങ്ങനെ ഉണ്ടായിരുന്ന അവസരത്തിൽ അമ്മ വലിയ അസ്മാവശിക്കാത്തവരുടെ അസരാറുകൾ നമ്മളൊരാളെ സ്വന്തത്തിന് അധികത്തുള്ളത് പോലെ അമ്മ എങ്ങനെയാണ് അമ്മവും അവനും തമ്മിലുള്ള ആ അവസ്ഥ എന്താണ് അതങ്ങനെ സ്വന്തം വരാം അന്നോ അതും തമ്മിൽ അമ്മ പരിചയപ്പെടുത്തിയിരിക്കും അമ്മ അതീമാണെന്നെ പരിചയപ്പെടുത്തി വായി പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മൾക്കിപ്പോ അമ്മ വായിക്കാൻ തോന്നും നമ്മളെ മനസ്സിന് അനുഭവപ്പെടുന്നെങ്ങനെ അമ്മ വായിരക്കല്ലേ അന്നുകൊണ്ടാണ് മായിക്കുറ്റാബക്കാൻ തോന്നുന്നത് കൊസൂലി ഇല്ലാത്തൊണ്ട് കൊസൂലി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മാറോ കരീമാ എന്ന ഒരു രീതി അപ്പോ ശരിതന്നെ കരീമാന്ന് പറഞ്ഞ ശരിതന്നെ വന്ന് കരീബ് തന്നെ അല്ലോ അങ്ങനെ ബുദ്ധിപ്പെടല്ല അന്നാറോ റഹീമാ നമുക്ക് കേപ്പുണ്ടോന്നു കഴിഞ്ഞാൽ എഴുപ്പം കയറണം ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി ആവിലേക്കുള്ള വസീന എന്താണ് സുരുവോക്ക് തരീക്കിൽ അദബി അദബിന്റെ തരീക്കിൽ പ്രവേശിക്കാം അദബ് ശരിയാക്കാനുള്ള പണിയാണ് കറബിയ എന്ന് പറഞ്ഞത് അപകും ഒന്ന് മുസഫവും പറഞ്ഞു കറബിയത്തെ സബബാണ് കറബീയത്തിന് അത് ഉണ്ടായിത്തീരും അഥബ ഉണ്ടായിത്തീരും അങ് അതിന്റെ മുത്തഭവും പറഞ്ഞു വാസ്തവുമാ യൂസിൽ ഇര മൗരാ അതുതിനെ ആ അതുതിന്റെ മൗലയിലേക്ക് അടുപ്പിക്കുന്നതിൽ നിന്ന് അപ്പുറവായ ഒരു വസീലാണ് സ്വയംഭത്തിൽ ആര്ബീങ്ങൾ ഉള്ള സ്വരംഭത്താകുന്നു അതിന്റെ കഥറ് എങ്ങനെയുള്ള ആര്ഭ്യകളാവണം ലിമില്ല അരിജ്യത്തി വസ്ത്രബിയത്തിന്റെ ഭവീജ്യത്തി ജപദീയായ പ്രതിയത്തിന്റെ മുകളണം ഉന്നതമായ ഹിമ്മത്വം അവർക്കുണ്ടാവണം അതൊരു സ്നേഹനുണ്ടാവേണ്ടെന്ന രണ്ട് പ്രധാനപ്പെട്ട മഹത്വോടെ പറഞ്ഞിരുന്നു ഒന്നുണ്ടാവേണ്ടത് ഹിമമുൽ അലിയ ഹിമത്തുൽ അലിയ എന്ന് പറഞ്ഞാലോ മനുഷ്യന്റെ മനസ്സ് ഇന്നത് കിട്ടണം കൊതിച്ച് അതിലേക്ക് മുന്നോട്ട് ഇങ്ങനെ മുന്നിടണം ആ തവനാണല്ലോ ഹിമത്ത് എന്ന് പേര് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴല്ല മനസ്സിന് ഇന്നത് കിട്ടണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മനസ്സിങ്ങനെ പോയെന്നുണ്ടാകും അതേ പിന്നാലെ അതിനെന്താ പേര് ആ കിട്ടാൻ കുതിക്കപ്പെട്ട സാധനം നശ്വരമായതും നൈപികമായതും താണതുമാണെങ്കിൽ ഹിമത്തിൽ ധരിയാന്ന് പറയും ആ കിട്ടാൻ കൊതിച്ച സാധനം ഏത്രവും അവധിയും എന്നും വലിയ കാലപ്രസക്തിയുള്ള സാധനമാണെങ്കിൽ ഹിമ്മത്തിൽ അരിയെന്ന് പറയും ഒരാളെ പറയുന്നത് നിക്കുവാണെന്ന് അടിച്ചുപാലിന്റെ പണി കിട്ടിയാൽ മതി എന്നാണ് ഒരാൾക്ക് തോന്നുന്നത് മറ്റൊരാളെ പറയുന്നത് എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടേണ്ടിയിരുന്നു ഈ രണ്ടെണ്ണം നോക്കിയാൽ ഏതാണെന്ന് മന്ത്രി ഏതാ താണത് മന്ത്രിസ്ഥാനത്തേക്ക് ഏറ്റവും അടിച്ചു വരുന്ന മണി താളാണ് അപ്പൊ മറ്റൊരിക്കും ഹിമത്ത് ഹിമ്മത്തിൽ അരിയുണ്ട് പൊഞ്ഞാൻ വലിയ കച്ചവടക്കാരനായി പൈസയ്ക്ക് രണ്ടുന്ന ആളാണെന്ന് ഒരാൾ കൂടി കച്ചവട എനിക്ക് വലിയ രാജ്യമില്ലായാണെന്ന് നേതാമു സാറു ഹിമത്തിൽ അരിക അപ്പോ ശേഖന്മാർക്ക് ഉണ്ടാവേണ്ട ഹിമത്താണ് ഹിമമില്ല അരിയെന്ന് അതിന്റെ ഉടമകൾ അപ്പൊ തജരീദിന്റെ മക്കാമിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അസ്ബാബിന്റെ കൊതിക്കിലെന്താകുന്നു ഇംഗീത്താക്കി ഹിമത്തിൽ അലിയാനാവണെന്നും ഈ നാളത്തൊക്കെ തജരീദ മരി കാമത്തിൽ അയ്യയാക്കിന്നസംബാബി ബന്ധത്തിൽ പ്രതിയ അസ്ബാബിൽ നിർത്തി അസ്ബാബിൽ നിർത്തുമ്പോ എനിക്ക് തജരീദാകണോന്ന് കൊതിക്കിലെന്താ ശരത്താണെന്ന് പറഞ്ഞു തരും തിരിച്ചു വെച്ച് ഗുരുരാഗത്തുക്കൽ അസുബാബ മയക്കാമത്തില്ല അയ്യ കിച്ചീതി എന്തിക്കാസിനി ഹിമ്മത്തിൽ അലീയ നിന്നെന്താ തരീരിൽ നിർത്തി തലീന്ന് വൃത്തി അസുബാബിനെ കറങ്ങണം എന്ന് വിചാരിക്കലെന്താ അത് ഹിമത്തും ധനിയാണെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ തരീരി താരുകാരായ മഹാന്മാർ ഓർക്കെന്തല്ല അസുബാബ് കൊതിക്കാത്ത മനേഹന്മാരായിരിക്കണമെന്ന് വരും യഥാർത്ഥം നിൽക്കുന്ന ആളുകൾ സ്വരൂക്കുമ്പോഴിയത് ഹിമത്തിൽ അനിയന്ത െടുക്കുന്ന ജേഹാദങ്ങൾ പുറത്തിലേക്ക് ഇറങ്ങി ആവശ്യമില്ലാത്ത പുറത്തിലേക്ക് ഇറങ്ങി ഹിമത്തും തനിയാണ് അത്തരം തറ ബുദ്ധിന്ന് വരും അതിനെ പോയ പൊരുപാട് വരുന്നുണ്ട് നോക്കണ നവിൽ ഹിമമില്ല അടിയ അവരുടെ ഹിമ്മത്തിന്റെ അലിയത്ത് വേണം ആ ഹിമ്മത്തിന്റെ അലിയത്തിനെതിരാകുന്ന എന്തുണ്ടോ ദേഹമാരാൻ മാറ്റി നോക്കുന്നില്ല വരുന്നു മാത്രമല്ല ഓറെ ഹിമ്മത്തോട് മാത്രം വന്നാൽ പോരാ എന്ത് വേണം ആ കറുബിയത്തിന്റെ നബീസുള്ള അരിമത്ത് വേണോ തങ്ങളിലേക്ക് മനസൂബായ കറുബിയത്തിന്റെ ഒരുപാട് വേണം ചെറുപ്പം കാരണം നവീലേക്ക് മുണ്ടത്തി ബാ ജിൽക്കുമായി സർവീസ് കിട്ടിയാണെന്ന് ആകണം ചൈന കർബീലും നബിന് അതേ പാരമ്പര്യത്തിലായി പോണം ചിലർക്കുണ്ടാവും ചെയ്യുമ്പം തന്നെ പക്ഷെ എന്തുണ്ടാവില്ല സർവീസിന്റെ മറവിയും കാവൂലും ആരിഫും വെറുതും ആരിഫും തുറന്നതുകൊണ്ട് സർബീസിൽ കൂട്ടിക്കൊടുന്ന് അയാൾക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങിക്കൊടുത്തു എന്നാലും ഉറവിനിക്കുന്നില്ല പെട്ടെന്ന് വന്നാത്തിന് ആരിഫത്തിന് ബാധ്യമ് തുറന്നുകൊടുത്തതുകൊണ്ട് ില്ലല്ല ഹിമത്തില്ല അരിയേ വെച്ചു അനിക്കൈവർത്തനം എന്നൊരു ഹിമത്തില്ല അരിയെ വെച്ചു പക്ഷെ ഓൺ പോയതോടെ ഒന്ന് ഏതോ ഈ ഒരു സാമ്യമിടക്കിലേക്കാണ് പണ ഹിമ്മത്തിൽ ശരിയാണ് മന ലക്ഷ്യമില്ല നവാരത്തിരി ആണ് പക്ഷെ ചെറുതീത്തിന്റെ മേലിൽ കൂടിയല്ല പോലെ അപ്പൊ മാർഗം ശരിയില്ല ലക്ഷ്യം ശരിയാണെങ്കിലും മാർഗം അപ്പൊ ലക്ഷ്യവും മാർഗവും ശരിയാകണം എന്നാണ് ഏത് വാക്കോണ്ട് അറിയിച്ചത് റവിൽ ഹിമബില്ല അരിയ ലക്ഷ്യം ശരിയാവണം മറ്റേ റബിയത്തിന്റെ വകിയന്തായിരിക്കണം മാർഗവും ശരിയായിരിക്കണം അപ്പൊ ജയ്ഹന്മാർക്ക് ഉണ്ടാവേണ്ടെന്ന രണ്ട് ക്വാളിഫിക്കേഷൻ മൊത്തത്തിൽ അവിടെ പറഞ്ഞു വെച്ചു കെട്ടിടം നയിക്കണം ആ ഇനി മബായി എപ്പോഴും അതും തുടങ്ങിയിട്ടല്ല ഒന്ന് സ്വയംബത്തുവിന്റെ കൂടെ അതിൽ والتأذب بين إليه المشايخين مشايخ مارمم بنا اللعظب بباديش ذكروا معنا هذه مشايخ مارمم أحد النزاهة والتصفير نزاهة لهم تصفير لهم علاج العراي مشايخ مارمم به مشايخ مارمم بنا نظرنا دارتل الاختلاف مقاماتهم وكل مقامات بلد اختلاف وراحباه المقام دمين يسأسم നീങ്ങിപ്പോകുന്ന അവസ്ഥയാണെങ്കിൽ ഹാല് എന്ന് പറയും ശാശ്വതമായി നിൽക്കലാണെങ്കിൽ മക്കാമാന്ന് പറയും പുറത്ത് വറച്ച ഉണ്ട് ബ്രപ്പാദീങ്ങനുണ്ട് സുഹാദീങ്ങനുണ്ട് പൊക്കവാളുണ്ട് സോഫിയ തീങ്ങനെ ആ ഇനമാണ് ആ മക്കാമാൻ ആകളുണ്ട് ദൃപ്പാദീങ്ങൾ ഉണ്ട് ദുഹാദീങ്ങനുണ്ട് മുഖവാണ്ട് സോഫിയത് ജനങ്ങളൊക്കെ മീൻ പറയും അവ രണ്ടു കാര്യ സ്വലപത്തും ാണ് തൈരി ബാക്കും കണ്ടുപൊയ്ക്കുന്നത് തീയറാവും അവരുടെ ജീവിത രീതി അപ്പൊ അഹ് നോട്ടിയും അതേ അത്തതിന് വന്നു തൈര് എന്ന് പറഞ്ഞ് അവരുടെ തൈരുണ്ടാവും കാനാത്തിൽ നിന്നപ്പുറത്തേക്ക് അവരുടെ അപ്പുറത്തേക്ക് മയാദ മയാദി മാത്താട്ട തൈര് സ്ഥാരി അവർ അവരുടെ തൈര് ും നാം അതവ് വായിക്കലും മാതാപിഹിമൽ മറന്നീ അവരുടെ പൊളിക്കപ്പെട്ട ഓരോ ആദാവ് അല്ല ആ യാതാവ് നമ്മൾ ജീവിക്കലും മൂന്ന് വരിയായി അപ്പോ ചർച്ച ചെയ്ത് അതെല്ലാം മനസ്സിലാക്കി നിന്നത് കൊണ്ടല്ല ഒരു കാര്യം തോന്നൂല അത് ഇരുമയായിട്ടുള്ളൂ വത്താർഗോ എന്ന് പറയുമ്പോൾ അത് അതിന്റെ യും അല്ലെ സിയനിയും പൊരുത്തപ്പെട്ട ആര് അതാത് കൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കില്ല ഞാനേ അത് ചേട്ടണ്ടാവും ഇത് അവർ ആരായി മാറണം അസലാസിയും അസലാത്തുകൊണ്ട് തഹുക്കുണ്ടാവലും അത് ആരായി അവം അവ അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞിട്ട് ചെയ്യാം എന്തെല്ലാം കാര്യം വാക്കുകൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞു ഇനി അന്നാപ്പിന്നെ ഞമ്മക്ക് ചർച്ച ചെയ്യാൻ പറ്റിയൊരാളെ പറഞ്ഞത് അതിനെ പറ്റി പറഞ്ഞ ഒരാളെ നമുക്ക് പറഞ്ഞു വെച്ച് ഇനി ഞമ്മക്ക് എന്തെല്ലാം പോകണം ആ ചർച്ച ചെയ്യാൻ പറ്റിയ കിതാബ് വേണം കൊറച്ചാളെ ചരിത്രം വേണം അതിന് പറഞ്ഞു ചേച്ചു പോകണം ഏഹ് കൂടാൻ പറ്റി ചേച്ചു പോണോ വേണ്ടത് ഇപ്പോൾ തേഞ്ഞ് പറഞ്ഞു പോയി കാലഘട്ടം പൊട്ടുപോയ അവരുടെ ആശാസൂചനകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു വന്നതാരിത്തെന്ന് പറയാതരണം പതിനെട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ഞാൻ അവർ തെളിഞ്ഞൊടുത്തതാണ് ഞാൻ താഴ്ത്താന്ന് ഈ കഥം കാരണം പതിനെട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇന്നല്ലതീസ അൽ തഹന്നോ മാത്തു പറയുന്നത് ഇന്നല്ലതീസ ൂ എല്ല സവാദരാ നീ ചോദിച്ച ഈ കാര്യങ്ങളൊക്കെ തേഞ്ഞു വാഞ്ഞു പോയല്ലോ ചില്ലറ ചില്ലറ ആസ്ഥാറെല്ലാം കൊണ്ട് ഓർന്നില്ലല്ലോ അയാൾ ഉള്ളിപ്പറക്കി പറഞ്ഞുതരാം എന്നാ പറയുന്നത് അപ്പൊ താരിസ്ഥാനോട് തേഞ്ഞു വാങ്ങി പോയ സുന്നത്തുകൾ അവരുടെ ആ സുനികളെ ആഴത്തിൽ ചർച്ച ചെയ്ത കൂട്ടത്തിൽ അവരുടെ മഹാത്തിരുസനീയത്തരമായ അവരുടെ മഹത്തരുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആരാണറിയോ അതെല്ലാ الفقيه قدله لمعه أمر عنه الفقيه قوفيه يقوله البنك ربستي رضي الله عنه عنه عنه ربي الله عنه يبني أن أعصير التولد في مماهده العسلية أنه كتابه منه منه رمونا كتابه فلنه إدره الله ويركبر دي بأنه لده تهيانه ورده لقد الله قدح فرديه المعنى مكعب الشملة معنى مطرد الوطر ونه ورده ഉറപ്പാക്കി നടന്നു ഭർത്താത്ത എല്ലാ അടിമത്തങ്ങളും തട്ടിലൊഴിവാതിന് സ്വന്തമായ പാർട്ടി പറഞ്ഞു ക്ലിയറാക്കി വെച്ച മായന കൊറഞ്ഞ മബിന അതുപോലെ തന്നെ മായനയും മബിനയും അല്ല മായനോ ബാധനായി മബിനാകുമ്പോൾ ബാലരായ തുറത്തിന് മബിനി അത് ശരിക്കും വയൻ ചെയ്തു അങ്ങനെ ഊപ്പർ എത്തിച്ചേർന്നോ ഈ ആ വിഷയത്തിൽ ഓരത്തെ ദുഃഖത്തിന്മൂല ആഗ്രഹിക്കപ്പെടുന്നതും ലക്ഷ്യം വെക്കപ്പെടുന്നതുമായ അറ്റത്തും ഊപ്പ് എത്തിച്ചേർന്നിട്ട് വയ്ക്കുവതിയാക്കിയിട്ടില്ല അത് തന്നെ എങ്ങനെയായിട്ട് രസത്തിൽ മുക്തസിയും ബതി വളരെ അത്ഭുതകരമായ മുക്തസോ ആപയോഗിച്ചുകൊണ്ടാണ് അറിയിക്കുന്നത് വനർമീൻ പൈതാക്കും സലീസിൽ എല്ലാവർക്കും പാടൽ ഉപ്പമുള്ള നല്ല രുചികരമായത് ഉന്നതമായത് വൈത്തായ രീതിയിലാണ് അവളെ പോലെ വൈദ്യനഫീ ആ കിതാബിന് വ്യാഖ്യാനിച്ചു അറിയക്കമാർ ഖലീഖിന്റെസൂലുകൾ മുഴുവനും വിവരിച്ചു വാദി മനാലിക്ക് തഹലീക്കിന്റെ എല്ലാ കുടിമതങ്ങളും ഉന്നതമായ കേന്ദ്രങ്ങളൊക്കെ വിസഹാക്ക് തന്നിട്ടുമുണ്ട് അങ്ങനെ കണ്ടപ്പോൾ അറച്ചു ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അവർ അദ്ദേഹം പറയുമ്പോൾ തന്നെ എനിക്കൊന്നും ലഭ്യമാവുന്നില്ല അന്നാണ് ദുഃഖത്തോടുകൂടെ ഈ അഥത്തന്നെ ഒന്ന് നിന്നാ മതി ഈ അഥത്തിന് മുന്നിൽ അന്നാറ്റ പോലും എന്താ വിചാരിച്ചത് അൻ നമഹാനെ ഈ ശരഹൻ അതിനൊരു ശരഹൻ നടക്കണമെന്ന് എങ്ങനത്തെ സഹായിരിക്കണം മുദ്രവർത്തിക്കാൻ അത് മദ്യ നിരക്കാവണം മദ്യനിരച്ച രീതി തന്നെയാണ് ഇത് ലൈസ് അഭിസ്റ്റിൽ മുമ്പിൽ ആളുകളെ തരത്തിൽ നിന്നുപോകാൻ പാടില്ല െ വലാവിൽ കത്തിയിൽ നന്നു ചുരുങ്ങാനും പാടില്ലാൽ മുഖലീന്ന ആശയം തിരിയാതാകുന്ന രീതിയിൽ ചുരുങ്ങിപ്പോക്കണ്ടല്ല അങ്ങനെയാവും മദ്യ മറ്റ മരണി വൈകീരൽ മകന അതിന്റെ മായയെടുക്കും എല്ലാം കേട്ടിട്ട് അത് ഒഴിവാക്കിത്തേണം മാത്രമല്ല അതിന്റെ മകുന അതിന്റെ അത്പാദനം കിട്ടിണ്ടാവുമല്ലോ അതൊക്കെ തീർത്താൻ തർക്കീം മാതാമല്ലോട്ട് പറയണം ഇത് നിങ്ങൾ വെക്കാൻ പറ്റുന്ന പ്രേരിപ്പിച്ച കാര്യമുണ്ടെന്നാണ് ഹമി സർഹൻഡാക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച കാര്യം അമു ശേഷന നമ്മുടെ ശേഷിന്റെ കൽപ്പനയാകുന്നു അൽഷിദ് അൽവാസിൽ പറയാൻ ർഗാവിമാമിന്റെ നേരെ ശിശു മോലാനിറമ്പി തെർക്കാമിയല്ലേ കോടശിശ്ശേരി പാർട്ടി മാമിന്റെ അംഗ്ലെ മത്രി ഓടീതിമാമും വളരെ വേണ്ടചരിക്കുന്നതാണ് നമ്മൾ ഈ ആപ്പത്തി കാണാതെ രാജ്യത്തെ പാർട്ടി മാമിന്റെ പാർട്ടി മാവ് മാതിമാവ് നേരിട്ട് പാർട്ടിമാവിന്റെ ആ ഉത്തമയിലാണ് ആരും ജനതി കാര്യങ്ങൾക്ക് മൂക്കളെ ചെയ്താണെ മുഹമ്മദ് അഹമ്മദ് മന്ത്രി അവരതേ കരുതക്കുന്ന ആണ് അമൃത സമാധികം മന്ത്രി രണ്ടാളിയും കൂടി ചെയ്ത് കാണാതെ മോലാലിൽ അറങ്ങി وخت امامي باوند الوضع ديجي درت راهي عبد البطال فينا ورمضان عبد الرفيع <تصفيق> الحسن بن اسنان امامي خاص ابو شيخانا باوند شيخانا لوجهن مرده نيكمي درانان ഗ്രഹത്തിന് ഞാൻ ഉത്തരം ചെയ്തു വാർത്തകൾക്ക് തലവ് രണ്ടോ അപ്പം തന്നെ ഊബറൻ ചോദിയ കാര്യത്തിൽ വേണ്ടി ഞാൻ പിന്തുണച്ചു അച്ഛനും പിന്നീട് ആർ നീങ്ങളും അവരെടുക്കണേന്ന പറയുന്നു നൂബർ നാളെ തന്നെ അയിന് പറയാം അപ്പൊ പലപ്പോഴും അപ്പോൾ എന്റെ ഷർഹാഗും ബിഹരാജം ഏതാത് കൊല്ലുമോ തന്നെ കാണാൻ ഓടിപ്പൊടിക്കാൻ അവരും ഏതാണെങ്കിൽ മഹാധിപത്തി മഹാധിപത്തിന്റെ വലിയ പടിയിലേക്ക് കേൾക്കാൻ അലത്തമാ അനിയും തമക്കുത്തു മനിയനീ മനിയൊക്കെ ഇല്ലാതില്ലാതില്ല അനിയളീ എന്നാണ് പേര് ചോദിക്കുന്നു എന്ന് അരാമൻ കത്തപു ഇത് എഴുതുന്നാക്കും അവാരായണ ചെയ്യുന്നാക്കും ആക്കും അവ സമയവോ കേട്ടിരുന്നാക്കും അത് ഏറ്റ കഥകോ ഇതിനീകരിച്ചാക്കും അവിത്തകൾ അഭിമാനി ഇതിൽ പറയപ്പെട്ട ഏതെങ്കിലും കാര്യം കൊണ്ട് അമൽ ചെയ്ത അല്പപ്പെട്ടില്ല ആ പുറപ്പെടുന്നു ആളിപ്പോൾ ഏതെങ്കിലും ഒന്നിക്കൂടും ആറിപ്പോ ഏതെങ്കിലും ഒന്നിക്കൂടല്ലമാക്കി എങ്ങനത്തെ പൊത്ത ആയിരിക്കണം പത്തം മൊബീന മൊബീന എന്നാൽ പൊത്തം മൊബീന എന്നെ പൊത്ത ആയിരിക്കണം അതെന്നെങ്ങനെ വാഹനിലും പോണം വാട്ടിലും പോണം بمن نيه اكرمه وبجان سيد الخلق سيدنا ومولانا محمد صلى الله عليه وسلم في هذه الحفل و هذا وهذا ابان الصوره يفضل قصور للمقصود لك प्रवेश كاننا جميع عايشين وكذا هم تسميتنا ماده تهدي كونانا من اهل الكرم والجود والكرم والجود النبي صلى الله عليه وسلم حضرتنا توفي المقام المحمود انا المولى من قال ما كل الا ربايا ിലേക്കും അടക്കപ്പെട്ടു എന്നേക്കും അതിനോ മമ്പർ എല്ലാ ഉരോമകളുടെയും എല്ലാ അൻവാരുകളുടെയും അള്ളാറുവിന്റെ ഔദാര്യങ്ങളുടെയും അസദാദുകളുടെയും ഹസാനന്റെ താക്കോൽ താക്കോലാണെന്നു അപ്പൊ തങ്ങളുടെ വ്യക്തിഭാഗം തങ്ങളെ കൊണ്ടുള്ള ഈ മാ വ്യക്തിഭാവം ഇല്ലാതെ കണ്ടത് ഒറ്റമാവാൻ കൂട്ടില്ല പിന്നെ തള്ളനായിട്ട് പോസിറ്റീവ് വരെ കൂടി അറ്റകൂളിയെ അസാരില്ല മീൻ പറയുന്നു ചോദിച്ചാണല്ലത് തങ്ങളെ ജോലി പെട്ടാണ് മിൻചോദിക്കുന്നതും തങ്ങളെ ചോദ്യം ഒഴിവിലൊന്നുമല്ലല്ലോ ജോലിയിൽ പെട്ടതാണ് ഇജ്ഞാമും തുടർവത്താണ് ദുഞ്ചാപന നടത്തേതാ പറയാൻ മിക്ക തങ്ങളൊരോമിൽപ്പെട്ട സ്ഥലതാണ് ഇൽമുൽ ലോഹിമൽ തമ്മും തലമുറക്കല്ലിലും വെരുമിൽ തന്നെ കേരള നടന്നു ഞാനെല്ലാം ആദിപ്പീകരണ മേലെ തുറക്കപ്പെട്ട ഒന്ന് തുറക്കപ്പെട്ടിട്ടില്ല ിൽ മവാഹിബിമില്ല മവാഹിബിനാൽ മസുദാറുകളും തുറക്കപ്പെട്ടിട്ടില്ല ഇല്ലാതെ ചില തെറിച്ചു പോയ തുള്ളികളല്ലാതെ തങ്ങളിൽ തെറിച്ചുപോയ തുള്ളികളല്ലാതെ ഇത് കാരണം ബിന്ദു തങ്ങളിൽ നിന്ന് മാത്രമാണ് ബിന്ദു ബന്ധിച്ചിട്ടല്ലോ ഭൂശത്തത്തിന്റെ ഒമ്പതക്കത്തിൽ നൽവാറുന്നു നമ്മളെ യാക്കോതിലുണ്ടല്ലോ യാക്കോതിലുണ്ടോ അതീജയുള്ളൂ قالوا <سؤال> ماشي اذا اصل <سؤال> الامر <سؤال> ان الله اللهم صل على من يمسك فلترى وانفرق في ارض الارض متيره ذوي ابو ابداكي 30 الاقرار ان الله ما برديت ادي اعتراف دي انا ابو واعد انك انا ماشي اكيه يكون അള്ളാറീവേശോ അപ്പഅറു അസാറ അത് അലിയായ രാത്രി തന്നെ മുടക്കിയെ വമ്പരക്കത്തിൽ അൻവാറു മുന്തറിയപ്പെട്ട് നീതി കൊറൂറ സിഫാത്തിലേക്ക് വിട്ടതിന് അൻവാറിനെ അവരൊക്കെ ഇതുണ്ട് അപ്പൊ ഇവിടെ എന്ത് വന്നു അസറാർ എന്നുള്ള അൻവാർ എന്നുള്ള സിഫാത്തിലേക്കും വാങ്ങുന്നു അബുൽ മുബാഹിബിനെ ആ മസ്തി ഉണ്ടായിരത്തി ഫാത്തിമൂദിൻ എന്താ പറഞ്ഞ് അലാഹ്മി സലീം അലാമൻ ജബറുദ്ദീലേക്ക് മൃദുബോക്കിയത് വം പിരാക്കി അൻമാനിക്കാർമാനിയ റഹമാനിയായ കാര്യങ്ങളിലേക്കാണ് എന്താക്കിയത് അന്മാനത്തിൽ അപ്പോ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ അല്ലാറ് അല്ലാറ് അരിപ്പരാമൻ എന്താക്കി ആമും ധൈര്യമുട്ട് മനസ്സിലാക്കി ജബറോത്തിയായ അക്കറാർ കൊണ്ട് റഹമാനിയായ തിബാട്ടിയായ ിക്കുന്നത് അല്ല അത്ര പറഞ്ഞാൽ അത്രൈക്കത്തിലേക്കാ ചോദിപ്പിക്കുന്നു അത്രാൾ എന്ന് പറയുന്നത് മറഞ്ഞുകൊടക്കലാണെന്നു ശരി ഹൈക്കത്തിന് തിരി എന്താണെന്ന് മറിഞ്ഞുകൊടുക്കല അത് പ്രത്യേക സ്വരുമുഖ്യ ചെയ്ത് അത് കണ്ടെടുത്തതൊക്കെ മാത്രമേ അതീക്കത്താകുന്ന ബുദ്ധിമുട്ടുകൾ അത് മറഞ്ഞ് നടക്കല ഇപ്പോലെ വച്ചിരിക്കുക അപ്പൊ അത്രാൾ മാത്രമുള്ള അതേ അത്തരത്തിൽ അൻവാദം കൊണ്ട് എനിക്ക് ശരിയാക്കാം ശരീരത്ത് ആരേക്ക് പഠിക്കാതെ മാലപടങ്ങും പഠിക്കാൻ എന്ന രീതിയിൽ പരസ്യപ്പെട്ടിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പുറത്ത് കിടക്കിയത് അപ്പൊ അസതാണുകളും അൻവാദം എന്ന് പറഞ്ഞിട്ടുണ്ടായികത്ത് ഗുണം ശരിയെത്തു ഗുണം എന്നതിലേക്ക് എത്തിച്ചുതന്നു നീക്കത്തായാലും മാതാപിതാകണം ഷബീസം വാദികളെ ഒക്കെ വാങ്ങണം ശനിയത്തായാലും മാതാവുന്നാകണം സമീസം വാദികളെ വന്നു വാങ്ങണം അപ്പൊ അഴവാൽ അഴവാലാകണമെങ്കിൽ എന്താകണം തങ്ങളിലേക്ക് മുതിർത്തി മാറണം ഴമാനാകണമെങ്കിലും അന്ന് നൽകുന്ന ശരീരത്തിന്റെ അഴമാലി കടയിക്കത്തിന്റെ അഴമാലി രണ്ട് തങ്ങളെ പണം ഉന്നതിമാണോന്ന് വരും ഇവിടെ ഇൻസ്റ്റക്കാർ ഉപയോഗിച്ചു അപ്പുറംബക്കാന്ന് ഉപയോഗിച്ചു ഇൻസ്റ്റക് ഇൻസ്റ്റാർഡ് സൂക്കിയത്തിന്റെ ഉപയോഗത്തിന് ഒരു സാധനത്തിൽ നിന്ന് അതിന്റെ എല്ലാം പകർപ്പെടുത്തലെന്ന് നിശ്ചയിക്കാന്ന് പറയും ഒരു സാധനം വെക്കുക ഇതിനെന്തൊരു പകർപ്പെടുക്കാം ഭേദഗതിയില്ലാതെ തൊട്ടെടുപ്പ് പോലെ ഇൻസ്റ്റക് ിക്കരുത് ഒരു സൗതിയിലില്ലാത്തവരുണ്ട് പക്ഷെ ഇത് വന്ന് അതിലൊന്ന് പറയുന്ന മാത്രം ഇമ്പരക്കാന്ന് പറഞ്ഞ പൊട്ടിവിടണം ഇങ്ങനെ പരസ്യമായി വെളിപ്പെട്ടുകൊക്കെ പാലുക്കൽ നിന്ന് തരത്തിൽ പടത്തി അവിടെ എന്താന്ന് ം പലക്കത്തിന്റെ അൻവാർ എന്ന് പറയുമ്പോൾ നബീസീവസ്ഥ ശരീരത്തിന്റെ അൻവാറുണ്ടാക്കി എല്ലാവർക്കും ഗറൂറത്തോണ്ട് അറിയപ്പെട്ട രീതിയിൽ മുൻപനിക്കാട്ട് ഇങ്ങനെ പ്രഭാതം പോലെ പൊട്ടി പറഞ്ഞു കിടക്കുകയാണ് എന്ന സൂചിപ്പെന്നും ഹിംപലക്കാണ് ഈ അക്ഷതാ തങ്ങൾ ചോദിച്ച് അതിന്റെ പകർപ്പ് തന്നെ രൂപത്തിന്റെ മക്കാൻ നൽകി വിരാട്ടായിട്ട് ഇങ്ങനെ നല്ല രീതി കിട്ടതാണ് അവിടെന്താക്കി മറ്റൊരു മറ്റൊരു പകർപ്പ് കൊടുത്ത് രൂപത്ത് അതിലോ വിരാട്ട് അതിന്റെ പകുതി ഇത്തിക്കാത്തിന് മാത്രം ഉണ്ടാവുമല്ലോ നിറബ ഇനെന്താക്കി നാലിന് ഒന്ന് റൂപ് നിറവ് ഇറവ് അന്നുല്ലോ ഇത്തിക്കാത്തിന് എഴുതി കഴിഞ്ഞാലും മാതൃമായും ആ അക്ഷരന്മാരെ പ്രത്യേകിച്ച് മാറ്റിയില്ലല്ലോ വാക്കിൽ നിന്ന് എന്ത് വിളിച്ചു എതിരി പൊടിച്ചു നടപ്പ് കുടിച്ചും നൊരിമ കുളിച്ചു മൂടിച്ചു നാരി പൊടിച്ചു മിത പൊടിച്ചു അത്തരം ഇറ്റുകൾക്ക് ഇല്ലോ എങ്ങനെ ഞാനും നാത് രണ്ട് ബാല് രണ്ട് ഈ തീവിത ഇട്ടു കാക്ക നിൽക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഈ മറിച്ചിൽ എന്ത് രീതി ഈ അതിന് മാത്രം ഒരു കുഴപ്പമില്ല ഇഷ്ടുകൾക്കെ പോക്കിന് മാത്രം അതിനെക്കുന്നു ൊപ്പാതായി ദുഃഹാദായി ദോഹിയത്തായിക്കായി ആരിപ്പന എന്തായി കഴിഞ്ഞാലും അതിന് മാത്രം പോലെ വഴക്കുണ്ടാവില്ല മതപരന്ത മാറി കഴിഞ്ഞാലും ഭക്ഷണം കൊന്നാം മത്രം കൊന്നാം തപ്പാദീലെ കൂടി അവർക്കിനെ കുട്ടി വത്തിന് പോയി ബാധിക്കൂടി വരാമെന്ന് വന്നിട്ട് കോടതി ഒക്കെ കൂടി കേൾക്കാനും വെക്കാൻ പറ്റും അപ്പൊ ഇൻസർക്കത്തില്ല തടാൻ ഒപ്പത്തില്ല ഉണ്ടാകണോന്ന് ശരിക്കുക അതിന്റെ ശരിയായ ഉള്ളിപ്പം തിരിപ്പോ ആരാ മനസ്സോ നീ ഒരാളെ ആക്കിയിട്ടുണ്ട് ഇടേ എന്റെ അത്രയ്ക്കൽ ജബറൂ നിന്റെ അസായിക്കോരും മഹാദേശാകുന്ന രാത്രി മറ്റൊക്കെ അറങ്ങിയിരിക്കും അത്രാറുകളെ മനസ്സിലാക്കി കൊടുക്കാൻ അനുശികൾ അല്ലെങ്കിൽ കജലി കിട്ട അനുഷേഖത്തിനല്ല ബജലിയാകാനുള്ള സബക്കും ആരാക്കളെത്തി സാധിക്കുന്നു ആ സെലിറ്റി മനസ്സിലാക്കി അന്മാരിക്കാൻ റഹ്മാൻ റഹ്മാനിലാരന്റെ മർമ്മകളിൽ ഉൾക്കൊണ്ടു ആ മുന്നാത്ത് കംപ്ലീറ്റ് അത് അത്രീയത്തിൽ ഉണ്ടാവുള്ളൂ പ്രത്യേകം ടിക്കറ്റെടുത്ത് പറഞ്ഞാൽ വി ഐ ട്വൽത്തിൽ പ്രവചനമുള്ളൂ പരീക്ഷണങ്ങളോ ഒരു ജൂലം പോകുമ്പോഴത്തേക്കും നമ്മുടെ കേട്ടോ പറഞ്ഞാൽ എനിക്ക് നീതിയോട് പിരിച്ചു കൊടുക്കണ്ടേ പ്രാമാന്യത്തിൽ നടക്കുള്ളൂ അവർക്ക് അത് മുതൽ മത്സരിക്കുന്ന സ്ഥലം അതൊക്കെ അതിൽ എനിക്ക് കൊടുക്കണം അതാക്കുന്ന പഠിക്കുന്നതെങ്കിൽ ഇസ്ലാമിലെ രീതിയിലാണോ പാട്ടിക്കൊടുക്കണം സഹമാനീയത്താണ് അപ്പൊ അന്മാർ മഹമാനീയം ചെറിയ ആദാണ് അതിനുള്ള ദ്രോഹം ഞങ്ങൾ തന്നെയാണ് രാജ്യം നിങ്ങൾ രക്ഷിക്കാം അതിനുള്ള മനാമഞ്ചാറത്തോട്ടപ്പതിമാറിക്കാ അഹിപ്പൻ അതിൽ അതോപ്പാറിക്കൊണ്ടി വപ്പ ചൊക്കെ ഞങ്ങൾക്ക് അധികത്തെ കൊണ്ട് അയിൻ നായിവനാണ് ല്ലേ അല്ലെ ഒന്നും അല്ല ഒന്ന് വിൽക്കാൻ ആക്കി നോക്കാനെ ചിലപ്പോ പയ്യെ കിട്ടൂലോ പയ്യമോ ഇനി നടക്കട്ടെ ഈ കിതാബിനെ പറ്റൊന്ന് പരിശോധിച്ചാൽ ഇങ്ങനെ വാങ്ങെടുത്തിട്ടു ഈ കിതാബ് ഉണ്ടാക്കിയാണെന്നിരിക്കട്ടെ അതാ പറയാ െ സാഹിബുൽ നമ്മുടെ കിതാബിന്റെ തുടർമ നേരത്തെ അൽബിന് ആ പറഞ്ഞു വെച്ചു ആറുജീയന്റെ അബ്ദുൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ യൂസുഫ് സജീബി എന്നാണോ അറിയപ്പെടില്ല അൽ മഹറൂബു ബിബിനിൾ ബന്നു രണ്ടാടുണ്ട് അവർ പുറത്തിരുത്തുന്നുണ്ട് ഇവിടുന്ന് മന്നയാണ് കുത്തി കാത്തി കാട്ട് വായിക്കണം വിജാ തെർകുപ്പ് എന്നാണ് നാട്ടിലേക്ക് ചെറുത്ത് കാണോ വിളിക്കും അതായത് പരുത്തും വിത്തൊക്കെ ജസീറയിലുള്ള ഒരു പ്രദേശത്തുള്ള നാടാണേത് തെൽകുപ്പ് പക്ഷെ കാല അത്തിൽ നസബി മിന്ന അവ നസബിന്റെ അത്തിൽ അവിടെ തന്നെയാണെങ്കിലും പാട്ടിലാണ് താമസം ഉറപ്പിച്ചത് അപ്പൊ പാർട്ടീനും വിളിക്കുവാണെങ്കിൽ പാർട്ടിയെ വിൽക്കാൻ കാലയമാണല്ലോ തന്നെ അപ്പാത്തായിരുന്നു ഏത് കൊല്ലത്തിന് അവന് ചെയ്യട്ടെ കാലത്തേക്ക് അനന്തസമ പറയുന്നു അനന്തസമീന കറണ്ട് അവർ പറയുന്നത് ില്ല ഏത് കാലത്താണ് ഒപ്പാ എന്തുകൊണ്ട് പൊതുവെ പ്രസിദ്ധനല്ലാന്നറിയി ഈ ഒരു കിതാബില്ലായിരുന്നുവെങ്കിൽ ഒട്ടും പ്രസിദ്ധി ഉണ്ടാവില്ല അതേക്കാർ പ്രതി പറയുന്നത് നടന്ന കാര്യമാണ് അത് തോന്നി താരത്തില്ല പക്ഷെണ്ട് അന്നല്ലിബ് അന്നും കഴിയുമില്ല അല്ലെന്ന് മനസ്സിലാക്കി അമിത പറയുന്നുണ്ട് അന്ന സുബ്മുക്കിടയിൽ അബുലത്തിന്റെ ചവതിയാണല്ലോ ആലി അബുലി അബുലബാസുൽ മോത്തിന്റെ കലീഫാണ് താജിനി കിട്ടി അപ്പൊ താഹിബിന് സഹകരിച്ചിടക്കും അന്ന സുബോക്ക് മുപ്പത്തിയൊന്ന് സഹകരണം മുപ്പത്തിമൂന്ന് തരത്തിലാണ് ഉത്തരിപായത്തിലെ അപ്പൊ തികത്തേ മാറിയിരുന്നു അപ്പൊ എന്നോട് ഇക്കാണെന്നോ എട്ടാം കൂറ്റാണ് അപ്പൊ ഏതോ ഏത് ഏത് എട്ട് കൂറ്റാണ്ട് എടുത്തായിരിക്കണം എന്നാണ് നമ്മള് വന്നു പറഞ്ഞുള്ളത് ആര് ആരപ്പൊ ഈ കൂറ്റാൻ പറ്റുമ്പോൾ ആളില്ല ആരാക്കെ പറയുന്നു വനം ഞെക്കും മറ്റുപോറമ്പിൽ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞു മറ്റുപോറായ ആളായിരുന്നില്ല ഇതോടൊപ്പം മരണാലോക്കി ഇരുമിൽ മൂക്കൾ കുട്ടുകാലും വിനൽ കടമി ഉറച്ച കടമുണ്ട് ചെറിയ അരിമൊന്നുമല്ല അപ്പോ പശുക്കളാകാണ്ടെങ്കിൽ അതിന് ഉറച്ച കാണുമെന്ന് തിരിഞ്ഞ് അല്ല ഈ തെരഞ്ഞാൽ ഈ കിതാബ് മൂക്കറി കിതാബ് ചെറിയുമെന്ന് അതിന് അപ്പൊ പൊതു എല്ലാം അല്ലെങ്കിൽ പട്ടണത്തിനുള്ള ഒരു അജീബായ അവസ്ഥയിലെ മൂപ്പറുണ്ട് അത്ഭുത ജീവികന്നറിയോ ജീവിന്റെ ഇതാണല്ലത് ഇതാണ് ഇതിൽ ഇതിൽ തന്നെ വേണ്ടത് അരി ആ ായിരം രൂമിൻ്റെ ആ മതിയ ആ പാത്രം അറുനാമല്ലാത്തിപ്പെട്ട ആളും ഇങ്ങനത്തെ കിതാബ് ഉണ്ടായിരുന്നില്ല അനുഭവം അല്ലേ അറാമല്ലാത്തി പെട്ട ഒരാള് ഇങ്ങോട്ടും അസുഖവും ഇല്ലാത്ത ഒരാള് ഇത് നോക്കി നല്ലൊരു കിതാബുണ്ടാക്കാം ബാക്കിയെല്ലാം ഓക്കെ അതിന് ശേഷം ആളെല്ലാം ദ്രഭ്യത്തിന്റെ വീട്ടിലേക്ക് കൈഡാക്കി അവാഹിത്തു നോക്കി ദ്രീയത്തെ ചെയ്യാം ചിലർ ആളുകാരെങ്കിലും മാറി പോയിരുന്നു ചിലർ സിക് ചില ചോദിച്ചു തരുന്നു ചേച്ചക്കാലല്ല തേ കിട്ടാൻ വന്നത് ഇതാണ് നല്ല അരിപൊന്നും പാസ്വതി അരിപ്പു വാലപ്പ കാല പിന്നാമത്തിയാ വാലപ്പതി കുഞ്ഞി കിട്ടാമുണ്ടാക്കാം അരിപ്പം തന്നെയാണ് ആരമാതിരി ഇതിനെ അഭിസുഖന്റെ മാതിരി താഴെപ്പുറ താഞ്ഞ് പോവാ അപ്രകാരം ആയിരുന്നു അങ്ങനെ അപ്പൊ ഇവ ചരിത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എങ്ങനെ പറഞ്ഞതല്ലേ അത് ചിലത് കഥാ വക്കറിയും നമ്മുടെ നാട്ടിൽ പച്ചത്തിന് ഉന്നതന്മാരാണ് നേതാക്കന്മാർ എത്ര പറഞ്ഞതാണ് ആൻഡ് സാഹിബ് ഇല്ലോ ഉന്നതന്മാരായ വാള വാളാ സാഹിബ് ു എനിക്കും പ്രതിരുന്നല്ലോ കബീറിൻ എത്ര വലിയ വലിയ ആരിഫിൻ്റെ മാർക്കൂല് ഒളിച്ചു കൂടിയുണ്ട് പറഞ്ഞേ അപ്പൊ മറ്റൂറായിട്ടില്ല ആരുമില്ലാതെ വരുന്നില്ലോ ഏത്ത ഹത്താ രീതി അന്നാനെ കണ്ട് മുട്ടുള്ളവരെ സൊമൂല കഴിഞ്ഞുകൊണ്ടിരുന്നോ ഒപ്പം പോലെ കിട്ടാറു വണ്ടുകൾ തുറക്കില്ലേ മാത്രമല്ല കുല്ലമാ കഥ ആരിഫിൻ എന്തെന്നാൽ ഒരു ആരിഫിന്റെ അള്ളാഹുവിന്റെ അടുത്തുള്ള കഥലേറുന്തോ കവിഹുവാൻ അല്ല ജനങ്ങൾക്കോ ഇല്ല ജനങ്ങൾക്കോ തിരില്ല ഞങ്ങൾക്കുന്ന ആ മടുപ്പുവാൻ ടാൻ കണക്കായി കഴിഞ്ഞാൽ മടുപ്പൂനാക്കട്ടെ അല്ലെങ്കിലോ കണ്ണങ്ങ് പുറത്ത് വന്നാ ന്യൂ ഹിബത്ത് അത് കൊണ്ടടിക്ക് പൊത്ത അളയാവാണ്ടു ഹിബത്ത് നാളെ ആക്കിയിരുന്നു ോ അതിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറിപ്പോയി എല്ലാം ആണെന്ന് പറിക്കൊണ്ട് പോയി കഴിയും കണ്ടിന്റെ തിന്നും പോയി പോകും അതവിടെ തോന്നും ഇതിന് ഉൽപ്പന്ന രണ്ടാ രണ്ടല്ലി പറയും അബിന് തന്ന ആ നമ്മുടെ ചർച്ചാ വിഷയമായ എതിരും പറഞ്ഞ ദൈവ സാഹിബിൻ സാഹിബിന് ഇഷാമായ ഒരു പരി ഇതിലും ഓ അല്ല അതാണ് പറയും മറാട്ടിശിലാണ് ഓപ്പള്ളത് ഏണ്ടാമതായിരത്താന്ന് എട്ടാം നൂറ്റാണ്ട് ഇരുപത്തിയൊന്നിന് എട്ട ഇരുപത്തിയൊന്നിന് കാലൊരുക്കുന്നുണ്ട് നാളെ മാറിപ്പോൾ സാഹചര്യം കിട്ടിയിട്ടുണ്ട് മറാട്ടിശലാണെന്ന് കാണാനൊക്കെ ആ ഇനി പറഞ്ഞത് നമ്മുടെ മുസന്നിഫ് അഭിയന്താവിന് തുടങ്ങുകയാണ് തായ്മൽ കിതാബ് തുടങ്ങുന്നു കിതാബവും പറ കിതാബിനെ തുടങ്ങുകയാണ് അള്ളാഹ് വിഷ്ണുദ്ധിനാ ചെല്ലെന്ന് തവള രണ്ട് ലക്ഷ്യമുണ്ട് അമ്ലാവും ചെല്ലാ പറഞ്ഞു മറ്റൊന്നാ അതുകൊണ്ട് നമുക്കൊരു മോളിച്ചു കിട്ടണം തവളുണ്ടെണ്ണം കൂട്ടുകാർ തവളും അതെന്താ പറഞ്ഞ തവമൊക്കെ വർദ്ധിത്താറു രണ്ട് ലക്ഷ്യം പറഞ്ഞില്ലേ ഇങ്ങോട്ട് പോയ എന്തോല്ലിലായി പിതകൂ ഇനുഹോ ബഹായ തുലഹവ മൃതഹൂ കഥ പഠിച്ചോക്കണേ വിസ്മില്ലിലായി പിന്നു ഹോവായുള്ള മതൂ രണ്ട പ അൽമിരായ അമ്മാവുവിന്റെ പേര് കൊണ്ട് അബുദപ്പു ഞാനിതാ തുടങ്ങുന്നു അപ്പൊ അബുദുവിന്റെ താലുക്കളത്തേക്ക് വിസ്മിരില്ലാതെ അൽവിര തുടങ്ങുന്ന തിച്ച എല്ലാ കാര്യങ്ങളിലും അമ്മാന്റെ പേര് ഞാൻ തുടങ്ങുന്നത് അൽക്കമൂർ അപ്പൊ അൽഫുമോർ എന്ന് പറയുമ്പോ എന്റെ ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോ എല്ലാര കാര്യം എന്റെ കാര്യ ഞാൻ തുടങ്ങുന്നു ടില്ലോ എല്ലാവരുടെയും എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ വിസ്മു തുടങ്ങുന്നു അറിയിച്ചു അപ്പൊ മഞ്ചിനല്ല അപ്പോ എല്ലാ കാര്യവും നർത്തപ്പെടുത്തുമ്പോ എന്റെ എല്ലാ കാര്യവും അർത്ഥപ്പെട്ടത് അപ്പൊ അന്നെന്തായി എന്റെ ഇവ അപ്പൊ എന്റെ പൂർവം കാര്യങ്ങളിലും അല്ലാതായ അബ്ലാഹുവിന്റെ നാമം കൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനെ വളർന്നു ഇത് ഒരു കാരണുണ്ട് ഉവ അബ്ലാഹ്ക്കാരെയാണല്ലോ വായത്തുള്ള എല്ലാ ഉമ്മൂറിന്റെയും വായത്ത അബ്ലാവുവാണല്ലോ ബുദ്ധവും എല്ലാത്തിന്റെയും അബുതവും അന്നാറുമാണല്ലോ അതേത് കാര്യത്തിന്റെയും അബുദവും മറ്റു മടക്കവും അല്ലാറുമാണ് അതുപോലെ എല്ലാ മറ്റ ബിസിനസ് തുടങ്ങി അന്തോ അസന്തികം പറഞ്ഞിട്ട് നിങ്ങളുടെ അസന്ധികം കാര്യമുള്ളൂ അതുകൂടെ നോക്ക് അള്ളാർക്ക് പറയാനുള്ള കാര്യം എല്ലാ ഉപയോഗി നായും എല്ലാത്തിന്റെയും മടുക്കുക അതെ മൂപ്പറങ്ങനെ പറയാൻ കാരണം നമുക്ക് നോക്കാം കൊടുത്തു ആദ്യം ബിസ്മിച്ച് എന്തിനെപ്പറ്റിയാണ് പറയുന്നത് ുംതാക്കന്മാർ പണ്ടുകൊണ്ടേ ആയിരുന്നു അക്ബലി കുട്ടുമിയും അവർ കിതാബിന്റെ തുറക്കത്തിൽ തുറന്നും അങ്ങനെ ഓരോരും അവിടെ ഇഷ്ടമായിരുന്നു അലത്തിട്ടായി മുത്തഹി അല്ലേ മുസ്തഹത്ത് തുറങ്ങുന്നതിന്റെ നേരിലായിരുന്നു അജിമാരില്ലേ ആഹമ്മ അല്ല അജിമാക്കാം فلو بلتابير لكي تيري لذينا التابير يعلق بيان إن شاء الله خربوا يا نو pues. بيانا لكم مرد الله حيثنا الصحابة تعجمع الدعوة الاجوة بالسطنة على التواهي المزحة مزحة طرنم بسم الله الرحمن الرحيم من الصحابة طرنم من الصحابة الجماعة يردوا مالا اختلاف بينهم أولا ليد خلاف الددان في قولها باسم آدم نبي شيط آية أو أي رآية ഒരാഴത്താണോ ആയ തന്നെ ചിലപ്പോൾ ഇതാ ആയത്തോ അതൊരാഴത്ത് തന്നെയാണെന്നാണ് അപകട പ്രോബ് ഹി അഭിയുള്ള അതുകൊണ്ടാ വച്ചിട്ടുണ്ട് തന്നെയാണ് അഭവർ തീമാ പ്രകാരം കുളിച്ചു ി പദാതി ഒഴിവാക്കിട്ട് പാത്തില്ല എന്നാണ് മൊക്കള പത്രവേറെ മൊക്കള പറഞ്ഞു അകർവനെ മാറച്ചിലത് പോയത് അഗാദി മാത് പോയത് ഇരാഅായത്തിന്റെ ആയത്തെല്ലാന്ന പോയത് അവി അത മാത്രം അമന്ത്രി തിരിച്ചുപോയി അല്ലേ അപ്പൊ ഷാഫി മാമിൻ എന്താ കറിവ് മാമുദ്ധിയാകോട്ടെങ്ങനെ അറിയോ ഈ അല്ല തഹാമത്തിന്റെ പ്രവർത്തനം നോക്കി ഓർ ആരും പ്രവർത്തനം ഉണ്ടോ ഓർ പറയുന്നത് ഈ അങ്ങേരം കൂട്ടുമത പിന്ന കുഹാനായിട്ട് വാരിതല്ലാത്ത ഒരറ്റക്കാലം ഒരു കൊള്ളി കൊടാൻ പാടില്ല ചന്ദിച്ചോടൊപ്പം തന്നെ ലായുധത്തിനോട് മുത്താത്തി ഇല്ല മാറുക മുത്താഫിനും വല്ലതും ചെറുക്കണമെങ്കിൽ അതിൽ പടാത്ത ചൊരുക്കൂലല്ലോ എന്നാണ് നോക്കൂ മുത്താഫി വരും നമ്മ മാലിക്കുമാമോ കുഹത്തിന്റെ മാലിക് മാമിന്റെ പോക്കുണ്ടെന്ന് എപ്പോഴും കൗരിക്കഹാപത്തി തലാപത്തിൽപ്പെട്ട പലതും റിപ്പോർട്ട് ചെയ്ത അറിയുന്നവർക്കു ആ തലാപക്കാരെ നിന്നും തല്ല ആൻഡവിക്കും തമലവാപ്പ് നിക്ഷിച്ച പങ്കല്ല പറയുന്നു പകാല യക്തത്തിൽ നിരസന്ധിയില്ലാതെ പിന്നാലിൽ നിന്നുകൊണ്ട് തലോഭമായിരുന്നു വലം ഞപ്പം ജിമില്ലാതെ വർണ്ണാടുകയെന്ന് നിക്ഷിച്ച ആളുകൾ ഇല്ല വിസ്മില്ല ഓഹർമാനും തെരവെടുക്കുണ്ട് എല്ലാം പറഞ്ഞു എന്ത് ഇല്ല അയോപ്പില്ലായാലും കൊണ്ട് തെരവെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു നാം അപ്പൊ ജാതിമാർ ഓടൊടുക്കുന്നുണ്ട് ഞാൻ ജാസി ഞാൻ അപ്പൊ അൽഹംദീൻ്റെ അറൊമ്പില്ലാണെങ്കിൽ നിന്ന് പാർട്ടിയോട് തുടങ്ങിയതിനെ അർത്ഥം പൊല്ല്യത്തിന്റെ അതിന് മറുപടി മറ്റു ദൂർത്തിനാൽ തമാർക്ക് പോലീട്ടേനാണ് പറയും തമാർക്ക് അറിയലി ഇന്നലൊക്കെ തോതിയാട്ടേ അപ്പൊ മറ്റുള്ള തൂഹത്തിനെല്ലാം അതിന് തലമുണ്ട് പറയുന്നത് പോലെ അൽഹന്ദ്രടങ്ങിയുള്ള സൂഹത്തോട്ട് അർത്ഥം ഒന്നും അത് ണ്ടേ അതൊക്കെ പോലെ ചോ വതു അത്തരത്തിലുള്ള സിരാഫെല്ലാം നിത്യേനെ കിട്ടാതെ പറഞ്ഞിട്ട് അവ നോക്കോളിയും നമ്മുടെ തക്ക എല്ലാം ഞമ്മക്കൊരു പണി പറഞ്ഞു തരാം നിങ്ങൾ തറക്കൊന്നും കൂടണ്ട ും അത്വെ പറ്റി പറയുന്നു بسم الله الرحمن الرحيم والتورانجاتيهرنننغا جندنجلون على اقتعائيهرن وفي روايتي فهو عبدالرون ننجة مكتبه روايتي وفي روايتي فهو عجبانون ننجة فموني روايتي ورنن محاسد نحان ورنه موني روايتي اللي اعتردنه اقتوى المركة بركة ناشتفى تدريهنع ിഹായി എല്ലാത്രം മഹാക്കിലാക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട് റൈവ കാമിലൻ ഹിസ്ന ഹിത്തലാവട്ടെ മാനയിലാവട്ടെ അത് റൈവ് കാമിലാണ് എന്ന അർത്ഥം കിട്ടു അർത്ഥം പറ്റും ഒരു ഒരു കറിയുമ്പതില്ലാത്ത ഒരു അന്തവും ഒന്നും ഇല്ലാത്ത ഒരു ഭാവനാവും ഉണ്ട് അപ്പൊ വിസ്മിയറങ്ങണം എന്നുള്ളത് അപ്പൊ വകീരിമായ മറ്റൊരു വായത്തിനുള്ള ഈ ദിക്കിരിലാഹി അന്നാലിരുടെ നടന്നാത്ത അപ്പൊ അപ്പൊ ആ രായത്ത് പറയാൻ ആന്മാർക്കും അഹിറ വിസ്മിയാവാഹിറു ആവാറാകല ഉണ്ടോ ഇതനുസരിച്ചാണ് ജനറൽ നമ്മുടെ മഹാന്മാർ അവൻ നടന്നതാണ് എന്തെങ്കിലും ധിക്കറു പറയുന്നേ ഉള്ളൂ ചിലപ്പോ അന്നാന്ന് പറയും വിസ്മീന്നുണ്ടാവൂല നമ്മൾക്ക് ബിസ്മിൽ ഇലാഹി വിസ്മില്ലാൻ പറയുന്നുല്ല أمريكاً أمريكاً. اللهم اعناك رضوانك يا ربنا ذكرايا ما <تصفيق> ديننا وفي حديث النا ترى ماثور حديث لو عندنا 99 روي سيدنا قال تذكروا من اراد ان يحيا تعيدا ويموت شهيدا فقل عند تداعي كل شيء بسم الله فاذا عجييكنا تيهيداي وريكنا الله بودي الله التي ذكرت بسم الله ذكري ونبغي مرتبه الله அப்ப تنزيل ننറായി ആതിമതുന്നറായി എന്നല്ലേ വെറുത്തു അതോ നേരത്തെ എനിക്ക് ചേത്രകാക്കുന്നോ റഹിൽ ഉമൂദി അബദൂ യകാ ബിസ്മില്ലാഹി ബിർബിൽ കിൽ ഉമൂദി അബദൂ ദോദിലെ കിൽ ഉമൂദി നദി യാതഅല്ലുക ബിഖാദിഹി അബദൂ അബദൂ അബദൻ അല്ലാഹു അബദൂ അബദൂ ഖുൽ കസബി അപ്പോൾ അബദൂ ബിസ്മില്ലാഹി ഇലാ റിൽ ഉമൂർ ഖബാർതി കാണനെ വത അബദൂ ദന്തൻ ദാ ആ ഇഷ്ടാവു ഞാൻ പ്രവേശിക്കുന്നു എന്ന അതല്ലാണ്ട് അപ്പൊ പത അനുഭവിക്കുന്ന വേറെ തലമുറങ്ങാൻ ഇവർത്ഥത്തല്ല ഒഴിവാക്കാനല്ല ഒരു സാധനത്തിന്റെ പ്രത്യേകമായ പാറയ്ക്ക് ആ സത്തിനല്ല ഞാൻ വിശ്വസിച്ച് കിടക്കുന്നു അത് അൽ അൽ എന്നത് അവിടെ അൽ ഒന്ന് പറയുന്നത് അല്ലുണ്ടല്ലോ അല്ല ഇവൻ മിനൽ മൊനാബി ഇടയിൽ അല്ലെങ്കിൽ അത് തിരിയാവില്ലല്ല അല്ല അന്നെ വേണ്ടി അനിൽ മൊനാബിടൈ അന്നല്ലേ വേണ്ടി ഇവനു മുണാക്കി തൊട്ടല്ലല്ലോ അതിന്റെ പകരം വെച്ച് ഉണാക്കേ അപ്പൊ ഇരയിട്ട ആ അറങ്ങുന്നതില്ല അത് ഞാൻ കുളിക്കുമ്പോൾ ഇരെയും അരക്കടാമുണ്ടാക്കും മുളാക്ക് നിരഹ്യത്തിട്ട് അല്ല കുതിയോ എന്ന് പറഞ്ഞാൽ അതും ആയി നഷ്ടപ്പെട്ടു ചേട്ടൻ പറയാൻ നോക്കപ്പെട്ട മുളാക്ക് നിരഹിത അതിന്റെ وعلى أفضل الله عيّة أشنع في عمورينا متقلمة يعني دعوه في الليها أن الله قالت لي الله قالت لي شروع جيد الله أنه أرسل مغلل فلن ترسل؟ عبدأو في العموري أعطان بسم الإلهي أنه أرسل الله بسم الله باعان دلو باعان دل قد هروف المعانيه هروف المبانيه നമുക്കൊരു ബാലാവരുണ്ട് പിന്നെ മദറിന്റെ ഇൽ അവരുണ്ട് സാലിദിനാവലുണ്ട് പലതും അവരുണ്ട് ഇവിടെ ഏതാണ് അഞ്ചാറ് വാലയിൽ നമുക്കൊരു ഇത്തിയാനത്തിന്റെയും മുസാഹബത്തിന്റെയും ഭാഗിയാക്കുന്നുള്ളു മാലണ്ടർപ്പം ബാക്ക് പറയുന്നുണ്ട് ഇപ്പം സാലിദ്ദിനകളെ പറ്റൂരാ ഇവന്യാക്കാനും പറ്റൂല ഞാൻ ആ കാറ് വാങ്ങി ഇഷ്ടമുക്കൾക്ക് പകരം ആ പാവത്തെന്തായി കാറ് കൊടുത്ത് മറ്റേ പകരം ആക്കിയാൽ പറ്റൂലല്ല അപ്പൊ നടക്കില്ല ഇത്തിഹാനത്തും പിന്നെ മുസാനപത്തേ വരിക ആ മുസാനപത്തന്നെ ഭിസ്മി കൊണ്ടുള്ള തകുകയോ അപ്പൊ എന്താ ഭിസ്മി ചെല്ലിക്കൊണ്ടുള്ള വറക്കത്തിന്റെ മുസാനപത്തന്നെ വരുള്ളൂ ഭിസ്മി ചെല്ലുക ചൊല്ലുമുണ്ടാകുന്ന വറക്കത്തിനുള്ള മുസാരബത്തെ വരിക അപ്പൊ സപുറപ്പിക്കാനാക്കും അപ്പൊ ഗൂക്കള് പാന്റെ അർത്ഥം കൊടുത്തതില് ഇത്തിഹാനത്തിന്റെ തവാക്കി അതായത് പൊട്ടിച്ചതീടുത്തരാ താര മഴ പേ കറിയോണാടെ നമ്മൾ അർത്ഥം വിഷയമില്ല എല്ലാം പറയുന്ന രണ്ടർ കൊടുക്കുന്നത് അത് നമുക്ക് എപ്പോഴാണ് മുസ്തഹീദ് ബില്ലായ്മ അരി ഷർത്തത് ഇലാ കുൽ നമ്മൾ പറയണം അല്ലിസ്മു അയൽ മുത്തമാക്കണം ബിസ്മിൽ ജിരാഹിന്ന് പറഞ്ഞ ഇസ്മുണ്ടാക്കണം അയൽ മുത്തമാക്കി വെച്ചാൽ അന്നാനെ കൊണ്ട് ഇസ്ലാൻ തീരുവ നടത്തുക പേരുകൊണ്ടല്ല പേരുണ്ടല്ല ഇസ്താനത്ത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മൂപ്പറേറെ പോയത് വാസിച്ചവർ അയൽ മുസമ്മ വെക്കുകയാണെങ്കിൽ ഇസ്മിത് അബിയില്ലോന്നല്ലല്ലോ അയനുൽ മുസമ്മൻ പറ്റെ അല്ലെങ്കിലോ അവൻ അല്ലെങ്കിൽ ഇടയിൽ തിരികി കൊടുത്തതാണ് വാസിന്റെ മുറാതെല്ലാം നോക്കണം എന്നാലേ ഇസ്ലാനത്തെ എടുക്കുള്ളൂ ടബർനുക്കാണെങ്കിൽ രണ്ടു വക്കാം അല്ലാണ്ട് അത് ആത്തുകൊണ്ടുള്ളത് ടബർറുക്കാകാം പരിധി വക്ക രണ്ടു പേര് വ അപ്പം ആശ്വത അല്ലെങ്കിലോ മറ്റൊരു അടുത്ത് കൊടുക്കണം ആശ്വത ബിൽ നൂരിലെത്തി മഹാബിലൊത്തപ്പെർത്തി കനാലവർക്കിന് ആലോചിച്ചു അങ്ങനെ തവർഞ്ഞു വാക്ക് രണ്ടർത്താണ് ഇസ്തിഹാനത്തിന്റെ വാക് വെച്ചു കൊണ്ടിപ്പോ വെച്ചത് മുസ്തീനെ ബില്ല പഠനത്തെ ചെറുത്തോണം ബില്ലായിട്ട് ഇസ്വെ ഒന്നുകിൽ കാഞ്ഞു നോക്കണം അല്ലെങ്കിൽ ഇസ്വു മുസ്തമി ഒന്നാമെന്ന് വെച്ചാലേ രണ്ടാമത്തെ അപുറക്കി ചേർത്താ കൊടുക്കുന്നു ആ ഹർഷധ ബില്ല് മൂരിലെത്തി മൊഹാബിലുഹ ഞാൻ കൈകാര്യം ചെയ്യാൻ വന്ന ഒന്നൂറിൽ ഞാൻ തുടങ്ങുന്നു ഒട്ടവധികം ബിസ്മില്ല അല്ലെ കൊല ചക്കം സംശയമില്ല അന്നമതിസ്ഥാന ബില്ലായി അന്നാതെ കൊണ്ടൊരാസ്ഥാന തേടിയാൽ അതിൽ നാം ബാക്കി ഇസ്ഥാനത്തിന്റെ ആരോടത്തുകൊണ്ട് കാലം കി രീമൂരി അവന്റെ എല്ലാ കാര്യത്തിലും അവൻ സഹായിക്കപ്പെട്ടവനാകും وَمَنْ لَمْ يَسْتَعِنْ سَعَادَتْ وَرِيدًا إِنْ كَانَ مَخُضُولُ وَأِمَارُهُ أما نعم بقوله لا رب وارد لله في أموره كلها اللي قريبه له لله إذا قلت القائل والنعم لله إذا لم يعنك الله فيما تريده فليس لمسلوك إليه تبيل وإنه لم يرشدك في كل مسلك فللتا ولو أن السمعك دليلون نقرأ ഇരാനം ജുവിൻകം നാഹു അന്നു സുബഹാരൂപത്താലെ സഹായിക്കാത്ത പക്ഷം എന്നിൽ ഭീമാ നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ അന്നാലം അങ്ങനത്തില്ലാത്ത പക്ഷം വരൈസിമലോക്ക് അഹലോക്കിനുമില്ലാത്ത ബിയിലും നിരകി അത് തായ് ചേരാൻ വേണ്ടി സബിയിലില്ല ആ ഇര അമ്മാഹാരൂപത്താണ് നിന്നെ ഇറച്ചാദാക്കി തന്നില്ലെങ്കിൽ ഭീകുല്ലിമസലക്കി നീ പോകുന്ന എല്ലാ സിമാക്കിമാക്കുന്ന ആകാശത്തിലുള്ള വലിയ നക്ഷത്രമാണ് ആ നക്ഷത്രം തന്നെ വന്ന് നിലയിൽ വെറിയാൻ വന്ന് നിയോല അതത്തിലേക്ക് വാ ഇജ്ഞാനത്തിനെന്ന് വെച്ചിട്ട് വമൻ തബർ ബിസ്മിൻലാൽ വാ തമർനുക്കി നിൽക്കുകയാണെങ്കിൽ കാണത്തിൽ വളക്കത്തു വറക്കത്തായി മസുഹൽ മത്തം അവനോടൊപ്പം സ്വലഭത്തിൽ കിട്ടിയ മുസാബത്തിന്റെ വേൾ തമർനുക്കിന് മുസാബദ് فبالاي الذاك نقص المداخل دعمتنا تصور العلوم بنفسه الا لا سيعهته الا نجي له وهو يقول هو ذلك الذين قالوا يا تالله ما هو الذو انما تحليل الذاك الامر بالذان لاستاحي بسم الله الله ينتظر سبب الامر هذا اي انا اغتدي في امري بالله لانه هذا الامر بالي അള്ളാത്ത ആ സാധനത്തിലൊക്കെ ഇതഹാവാക്യവൻ അപ്പൻ ആദ്യം തന്നെ ഇതഹാവാക്യവനും രണ്ടാമതെ പാട്ടിന മറിച്ചറിയുന്നവനും അവൻ തന്നെയാണ് ഉമൂരീം ഇന്നും അന്നാ നെക്കുന്നത് തന്നെയാണ് മടക്കം ഇരാനെ കൊള്ളത്തന്നെയുമാണ് എല്ലാ ഉമ്മൂരെയും അമൃതും അന്നാൻ നടക്കുന്നതാണ് ആയതല്ലേ അലങ്കരി അർത്ഥം ആ പക്ഷെ മുസന്ദിഫിന്റെ കഥാ മഞ്ഞടുത്ത് വെച്ചു മാത്രം മഹബുദുഹാണല്ലേ വായതുഹ മഹുദൂ എന്ന മഹുദൌഹാ ലേഹി അപ്പൊ അങ്ങനെ വരുമ്പോൾ മമുതൽ ആദ്യം വായത്തി പിന്നലെ പറയേണ്ടത് പുറത്തോന്നലുണ്ടാവും മമുതല് പുറത്തല്ലേ വായത്ത് പറയേണ്ടത് അത് വൈന്നമ ശബ്ദമാണ് വായത്താ വായത്തിനാദ്യം പറഞ്ഞു മഹ താരി പോരിലേക്ക് വരുമ്പോ മമുദർ ആദ്യമോ വായത്തി വയ്യലുണ്ടാവല്ലേ അത് മതി പാട്ടൊക്കാൻ വേണ്ടി പറഞ്ഞു അബുദർ ഹു അവിടെ മപതയിപ്പറഞ്ഞു ഇനി അവിടെ നമ്മക്ക് വേറെ കൊടുക്കിട്ട് നമുക്ക് ബോർഡർ നമ്മളോർക്കണ്ടെ അള്ളാർക്ക് പറയാണ് എല്ലാ മൂലണയും മബായൂ എന്ന് പറഞ്ഞ് സാരക്കുള്ള ചേട്ടാ മാറ്റിന്റെ ചെറക് വായിക്കും എന്താ മപ്പം വായിച്ചേട്ടാ എന്താ അല്ലെന്ന് ഈ ഫണ്ട് പത്ത് വകുക്കളിലാക്കുന്ന രണ്ടു സുഹൃത്തിന്റെ ഹരി ആർക്കെല്ലാം രണ്ട് മുക്കാമ്പിലേക്ക് സൂചനയുണ്ട് ഒന്ന് അവരുടെ നദിനി പറക്കലും കൊണ്ട് നബിനിസ്റ്റിലാൽ നടത്തിയിട്ട് മുക്കമ്പിൽ നിന്ന് കായികയേറ്റ് കയറുന്നവരെ സംബന്ധിച്ചിടത്തോളം നന്നാവുന്ന ആയതാണ് ബനിയങ്കിലും മമ്പിനും മുക്കമ്പിന്റെ ആദ്യവും ನ ಪೌನ ಸಾತಿ ಪೌನಾದೇವ ಮುಖಬಿಲಿ ಬೆಯ ಅಪ್ಪ ಸತ್ರಾದ ಮಾನ್ಯಸ್ತದಿಲು ಅರೇಹಿಯ ಯಾ ಪೌನ ಮಾನ್ಯಸ್ತದಿಲು ಅರೇಹಿಯ ಅಲ್ಲ ಪೌನ ಸಂಬಂಧ ಚೋತ್ರನ ಅಲ್ಲಾಹ ತಾಲ ಬಾಯತಾ ದಿತ್ತಿ ದಿತ್ತಿ ತ್ಯಾ ಬೆಳದಕ್ಕೆ ಕೊನೆ ಒಂದು ಸಂವಾದ হইಚಾ ಮಾಡಿ ಮಿರೆ ಪೈಸ ನಮ ನ ಐತಿ ಫಾಗ್ ಫಾಗ್ ದಿನ ಬೈಚಾ ಮಲ್ಲೆ ಅಜಿಲ್ಲೆ मागುತ್ತೆ ಎನ್ನ ಇಲ್ಲಿ ಬಂಗು ನ ചോദിക്കാൻ ഇന്ന് ഞാൻ ചോറ് വെക്കുന്നു ജയിക്കാന് ഇന്ന് ഞാൻ വിളിക്കുന്നു തനിക്ക് ശക്തി ഉണ്ടാകാന് ഇന്ന് ഞാൻ ശക്തി ഉണ്ടാകുന്നു അള്ളാഹ് ഒരു തീരെ ഇല്ലാതെ ഇന്ന് ഞാൻ നിക്കുന്നു അള്ളാഹനെ കാണാന് ഇന്ന് ഞാൻ അണ്ണാനെ കാണുന്നു അതിനെപ്പറം പറയേണ്ട ചോദ്യങ്ങളോ ആ തൈല അപ്പൊ സുഹൂ നിന്റെ ആദ്യം അവളെ സംബന്ധിച്ചിടത്തോളം അമ്മ മമ്മുത്തു കായിനാട്ട് വെയ്യാക്കി സുഹൂദാക്കി ഇസ്റ്റിനാലിന്റെ സുഹൂദി സേറുകാരാണ് മറ്റേ തദൻഡി സേറുകൂപ്പർ ഏഴ് സേറിനെ മുന്തിച്ചത് ഈസന്മാറല്ലതന്നെ ചെറുപ്പത്തിന്റെ ആളുകൾ കിട്ടും ിത്തിനെ കുറിച്ചും അബുദ്ധം കഴിക്കുക എന്നിട്ട് ഞാൻ പാഴത്തെ അബുദ്ധം ഒത്തിരി ഞാൻ അതിപ്പോ മനുഷ്യത്തിന്റെ വേറെ കാലമായ തോന്നി ഞാൻ ചൂടിലുണ്ട് ഇത് മഹായു ലാബാതോ ഇനി അടുത്ത് പറയാൻ പോകുന്നത് സർവസ്തുതിയും അള്ളാഹു സുബാനുഭവത്ത് ആരാണ് അവനാരാണ് എല്ലാ ഹന്തിന്റെയും വലിയ അവനാണ് എന്ന് പറഞ്ഞു സർവസ്തുതിയും അള്ളാഹു എല്ലെല്ലാ ഹു നാല് ജാതിയുണ്ട് കദീമായ അഹന്ത ആദിദായ അഹന്തണ്ട് കദീമുണ്ട് എന്തൊക്കെയാ അള്ളാഹു അള്ളാഹുവിനെ പറ്റി പുകഴ്ത്തിയതുണ്ട് അള്ളാഹു അവൻ രണ്ട് യാത്രയും അവര് യാത്രയും പുകഴ്ത്തിയതുണ്ട് അപ്പൊ തന്നെ മഹ്മൂദ് ഒന്ന് അള്ളാഹു ഒന്ന് അവരെ പടക്ക പിന്നെ ആരി അഹന്ദ് രണ്ടുണ്ട് പടക്കുക അള്ളാഹ്നെ സ്വദിച്ചത് ഇപ്പൊ മഹമൂദ് കഥയുമായി പടപ്പുകൾ പടപ്പുകളെ ശ്രദ്ധിച്ചത് അപ്പൊ ഹാമിദും മഹമൂദ് ആരായി ഹാമിദ് ഇങ്ങനെ ദിനത്തിൽപ്പെട്ട എല്ലാ ഹും അള്ളഹാക്കാൻ അതിന്റെ മടക്കം ആ അതുകൊണ്ടാണ് വലിയ എല്ലാ ഹന്തിന്റെയും വലിയ അവൻ തന്നെയാണ് അപ്പൊ അപ്പം ഹതിന്റെ മടങ്ങി ആരാടെ ശ്രദ്ധിച്ചാണ് സുതി അള്ളാഹിയെ പറ്റുള്ളൂ എങ്ങനെയുള്ള അള്ളാഹുമാണ് ഹദാ ഇ ഹത്തി ലേക്ക് അവനെന്താക്കി വഴി കാണിച്ചിട്ട് ഒരു വിഭാഗത്തിൽ എന്റെ മക്കളില്ല ഹക്കിലേക്കും ഒരാളെ വഴി കാണിച്ചു നീ സന്മാർഗത്തിന്റെ നെഹ്ജിലേക്കും വഴി കാണിച്ചു ആ ഹക്കിന്റെ അപ്പാണ് ഇത് നെഹിജി അപ്പൊ ഇതുകൊണ്ടെന്തായിന്നറിയോ അള്ളാഹുദീന്റെ അഹരികാർ ഉണ്ടല്ലോ സാധിഹ്യങ്ങള് രണ്ട് തരക്കാറുണ്ട് ഒന്ന് വാസുലീയങ്ങളായ ആതിഥ്യങ്ങളുണ്ട് മറ്റൊന്ന് സാധിഹ്യങ്ങളായ സാധിധ്യങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ അവർ സമ്പൂർണതയിലേക്ക് എത്തിച്ചേർന്നു മറ്റൊന്ന് ആ വഴിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓർക്കട സാന്നിധ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഹതാഹിഎ വാസുരേഖായ ആരിശ്യങ്ങളിലേക്ക് ശാരത്തായി ഹക്കിലേക്ക് ഓറെ ചേർത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കാര്യം തടീനാണല്ലോ ഓർ വാദി റെഡിയായി ഒരു കൂട്ടർ ഈ മാനഘട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓറലേക്കാണ് എത്തിയതിനെ ഒരു മാറ്റത്തോ കുശദിന്റെ മാർഗത്തിലേക്കും വഴികാണിക്കുന്ന അപ്പോ ഒന്നാമത്തെ ഹതായിരല്ലാത്തവരുടെ വാർത്തീങ്ങളായ വലിയ മഹാന്മാരിലേക്ക് സൂചനയായി പ്രസ്വദിക്കുന്നത് നമ്മളെ മാതൃ താരീരിങ്ങളായ ശാരീരികങ്ങളായ പാവപ്പെട്ടവരില്ലേ അവരിലേക്കും വിശാറത്തായി അവരണ്ട വായ്പഹായത്തിന്റെ അധികാരായി മറ്റൊന്ന് വികാരത്തിന്റെ അധികാറായി ബഹേജ് അതെന്താണ് അവിടെ അന്തെടുത്തു വെച്ചത് വലമ സ്ഥലപ്പത്തിൽ ഹനീസിൽ മുട്ടക്കത്തിന് മുമ്പ് ഞമ്മര് അനീസ് പറഞ്ഞിട്ട് തലമുടക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം എന്ന് അത് ബിസ്ണി കൊണ്ടാവണം എന്നൊരു അനീതി പറഞ്ഞു അന്നോ അവൻ ലിഖല കൊണ്ടാകണം എന്ന് മറ്റൊരു അനീതി പറഞ്ഞു ഹന്ത് കൊണ്ട് തുടങ്ങണോന്ന് വേറെ വിവാഹം അല്ല എല്ലാ വിവാഹത്തിൽ ഇരിക്കട്ടെ ബിസ്ണി കൊണ്ട് തുടങ്ങാം ഹൊ തുടങ്ങാം സരാത്ത് കൊണ്ട് തുടങ്ങാം സഹാബ് എല്ലാം കൊണ്ടായിരിക്കട്ടെ അപ്പൊ ഹനീസിൽ പ്രമയപ്പെട്ട ചിലര് അതിൽ പറഞ്ഞു എന്നാ പറഞ്ഞത് കൊണ്ട് തുടങ്ങാത്ത ഹനീതുകള് ചില വിഷയങ്ങള് അമ്പൂടം കൊണ്ട് തുടങ്ങാത്തത് വറക്കത്തില്ലാന്ന് പറഞ്ഞു വഫീമിഹിയാതെ പറക്കത്തില്ല എന്നുള്ള സിയാദക്കും വേറെ അനീസിലുണ്ട് അപ്പൊ തല തുടക്കം എന്തുകൊണ്ടാണ് വിസ്മി കൊണ്ടുവന്നുണ്ട് അന്തു കൊണ്ടുവന്നുണ്ട് അന്തിന്റെ കൂടെ സദാത്തും കൂട്ടണോ അത് സിയാദത്തോട് കൂടിയുണ്ട് ഈ മൂന്ന് രൂപ ഒപ്പിച്ചുണ്ടാക്കിയ വിസ്മി കൊണ്ട് തുടങ്ങി വിസ്മിൽ മോ അബുദൂ അല്ലേ അനീസ് രണ്ടാമതെന്ത് പറഞ്ഞു ഹന്ത് കൊണ്ട് കൊണ്ടാകൊണ്ട് എല്ലാ രീപാർട്ട് വിട്ടേ ഇനി തഥാർത്ഥ കൊണ്ട് എന്നാ പിന്നെ ഈ മൂന്നെണ്ണം വന്ന വിസ്മി തുടങ്ങി അൽഹന്ത കൊണ്ട് രണ്ടാമതാർത്ഥം എന്തിനാണ് ആദ്യ ഹന്ത് രണ്ട് വിസ്മിയെ കൂടെ മൂന്ന് കാടനല്ലേ മോദിയിൽപ്പെട്ട ബിസ്മി ഹന്ത് സലാത്ത് എന്നതിപ്പോ തുടങ്ങാൻ പറഞ്ഞു അതിന ബിസ്മി ആദ്യ ആക്കിയത് ബിസ്മി ആദ്യവും ഇല്ലേ ഇതപ്പോ പറയട്ടും ബിസ്മി ഹന്ത് സലാത്ത് കൊണ്ട് തുടങ്ങോന്നല്ല പറയുന്നു സലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട് ബിസ്മി രണ്ടും ഹന്ത് മൂന്നുമായിക്കൂടെ ബിസ്മി ഒന്നും ഹന്ത് രണ്ടും സലാത്ത് മൂന്നു ആക്കി ഹന്നും ബിസ്മി രണ്ടും സലാത്ത് മൂന്നുമായി കൂടെ അതിന് തെളിവ് വാറാണ്ട് അതായത് ഖുർആാൻ ഷരീഫിലേക്ക് പാട്ടിയ സൂറ തെർക്ക് പരിശോധിച്ചാ ബിസ്മി ആദീഫ അൽഹന്ദൊ ഖുഹാൻ അടക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം ബിസ്മി തന്നെ വേണം രണ്ട് ഹന്ത് വേണം ഒന്നും രണ്ടും കഴിച്ച മൂന്നും പിന്നെ സരാദിയിലാണ് ബാക്കിയുള്ളൂ അത് കേട്ടു പോയി അതുകൊണ്ടാണ് അപ്പൊന്നിഫ് റബി അള്ളാഹുവാൻ ഉറപ്പിച്ചു ില്ലാൽ ആ ഇപ്പന്താക്കും ഹന്ത്രി രണ്ടെണ്ണത്തിന് മുമ്പ് തഫ്സീർ അറിയാനാ പോകും അത് ലോകത്തായിട്ട് കൊണ്ടുപോകും വെറുപ്പായിട്ട് കൊണ്ടുപോകും ലോകത്ത് എന്ന് പറഞ്ഞ ഭാഷാർത്ഥം വെറുപ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂമിനിങ്ങൾ ഇടയിൽ അറിയപ്പെടുന്നുണ്ടാവുള്ളൂ ഇസ്ലാമിന്റെ നെറുക്കനുസരിച്ചിട്ടില്ലേ അത് അമ്മയുടെ വിശേഷം വരും ഭാഷാർത്ഥം പറയാ സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം പാഷാദത്തിലെന്താന്ന് പ്രത്ഥലെന്തായി പൊതുണ്ടാക്കിയിട്ട് ചുവരാക്കുന്ന പ്രത്യേക സമയത്ത് ചെയ്യുന്ന പ്രത്യേകമായി വിപാദത്തിന്റെ മേഴാണ് സദാർത്ഥത്തിൽ നിന്നുള്ള മേഴ് കുത്തുപാ പാഷാർത്ഥത്തിലെന്താന്ന് പ്രസംഗം ഉറപ്പിലെന്താന്ന് അത് വെള്ളിയാഴ്ച കൈമാറുന്നു ഇന്നത്തെ മോളിൽ കേറിയിട്ട് മോഡലിലെടുത്ത് കൈ പിടിച്ചിട്ട് കേൾക്കോട്ട് മുഖാക്കിയിട്ട് ഈ പ്രത്യേക വിമത്വം പറയലാന്ന് കുറുപാതം ഉറപ്പില് മാറ്റനാക്കാൻ വിശേഷം വന്നു അതേ മാതിരി മുമ്പ് ഉണ്ടാക്കുമ്പോൾ ലോകത്തും ഉറപ്പാക്കി വേർതിരിക്കാനാവുന്നു അത് സംഭവിച്ചാൽ ഉണ്ടാവും അൽ ഹിൽ ലോകത്തിന് ഹന്ത എന്ന് പറഞ്ഞാൽ അല്ല കത്തി നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ടാ കൊസ്ഫ് അറിയാം ഒരാൾ ഇന്ന ഇന്ന നന്മകളായ അദ്ദേഹത്തിനുണ്ട് എന്ന് കൊസ്ഫ് അറിയാം ഏറെ ഹോസ്പെടുത്ത് പറഞ്ഞാൽ ആക്ഷേപം തന്നെ പറയും നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതെന്നെടുത്ത് പറയാം അതെന്നേത് രീതിയിലാകണം യും ആദരണമേ രീതിയിലാകണം കളിയാക്കാൻ വേണ്ടി നല്ല കാര്യം എടുത്ത് പോയിട്ടുണ്ട് ഓനാരണന്നല്ലോ കാര്യം നിർമ്മിച്ചു ഏ അയാളെ എപ്പൊ നോക്കുന്നത് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ആ ഭർച്ചന്റെ ഉദ്ദേശം അയാൾ ആദരിച്ചു പറഞ്ഞിട്ട് തന്നെ അയക്കുകയും പോകണം നല്ല കാര്യം അപ്പൊ ചീത്തകാലം എടുത്ത് പറഞ്ഞാലും ഹംതാവൂല നല്ല കാര്യം എടുത്ത് തന്നെ ദുരുദ്ദേശത്തോടുകാൽ എന്താവൂല ഹാവൂല ായ കാര്യം അയാളുത്സമമാണ് കപിൽ പതാകിൽ പതായിലുകളുമായി ബന്ധപ്പെട്ട തെർക്കളില്ല പവാതിലോട് ബന്ധപ്പെട്ട തെർക്കില്ല എന്ന് പറയുന്നത് എന്താ പതായിലി എന്ന് പറഞ്ഞാൽ അത് ഓടിനിൻ മാത്രം നിൽക്കുന്ന പാറാക്കാമൊന്നും കിട്ടൂല ഉദാഹരണത്തിന് നല്ല മുഖത്തിന് നല്ല സൗന്ദര്യമുണ്ട് അയാൾ നല്ല സൗന്ദര്യമില്ല അതാണ് പറഞ്ഞിട്ട് അയാൾ സൗന്ദര്യമില്ല അതൊരു പതാ പതായില് മാത്രം പവാദിനെ കൊണ്ട് വേറാട്ട് കാര്യം കിട്ടും അയാൾ ആരാന്നറിയോ അയാൾ നല്ല നിർമ്മിച്ച നിർമ്മ കൊടുക്കുന്ന ആള് അല്ല നല്ലൊരു കാര്യം തന്നെ ബാറാട്ടിൽ പൈസ കിട്ടുകയും ചെയ്യും ഈ രണ്ടയാൾ തവാവും ഈ ജമീലായ സാബനല്ലോ പമാരുമായി ബന്ധപ്പെട്ട അത് സമം തന്നെ പമാലെന്ന് പറഞ്ഞാലു മറ്റൊരാളിലേക്ക് വിറ്റുകടക്കാതെ അയാളെ രക്ഷി തന്നെ നിൽക്കുന്നതിൽ ആദ്യമായ ദിവസികൾ പവാബിലുമായി ബന്ധപ്പെട്ടവർക്കാടില്ല പവാദി ലേതാവായി ലൗസാബിൻ മൊത്തായിരത്തി എട്ട് വേറൊരാളിലേക്ക് വിട്ടുകടക്കുന്ന ഔസാബുകൾ ധാരം മൊട്ടെ രണ്ടേക്കെല്ലാം അപ്പൊ ഒരാളെ പറ്റി പറയുന്ന അയാൾ ആരാൻ നല്ല നല്ല തോന്നിട്ട് ആളാണ് അയാള് നല്ല രണ്ടാളാണ് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാ പറഞ്ഞത് ഞാൻ ആദരിച്ചു പറയും ചെയ്തു മറ്റേ പാതിലാണ് ഞാൻ നിർമ്മിച്ചനാണ് എത്ര സാധുക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നെ ആദരിച്ചു കൊണ്ടാണ് പറഞ്ഞാൽ പോയി എന്നാൽ ഹണ്ട് തന്നെ ജോലത്തിൽ അപ്പാതിൽ തനിക്കും മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കാൻ ഏറ്റവും പ്രവർത്തനത്തിൽ ഈ ഹണ്ടിനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് പോയിട്ടേ അല്ല വരാമോ തഞ്ഞിട്ടു ഞാൻ പാഴ് വരെ ഈ അന്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യമാവണം അമ്മടെ നിസ്തിയാനിയായാകണം എന്നാണ് ഇല്ല ഇഷ്ടിയാനിയായ കാര്യമായിട്ടില്ലെങ്കിൽ മധ്യന്നാ പറയത് അപ്പൊ അയാള് ചെയ്യുന്നത് ഇഷ്ടിയാനിയായ കാര്യമാവണം ഇതാണ് അതിന് അയാള് ആയിമില്ലയിലാണ് സായ്മല്ല രാത്രി ശരിക്കും നാളാന്ന് പറഞ്ഞില്ലേ നിഷ്തിയാനിയായ പണിയാണ് അപ്പൊ മുഖത്തിന് സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ മധുഹൻ അനു വരു അത് എത്തി അരിയില്ലല്ലോ അയാൾക്ക് ഉണ്ടാക്കാനില്ലാതെ ആൾക്കാൻ വീലല്ലോ അല്ല അവയില്ല എഫ് ആരിയായ അമ്പ്ര ആവാത്ത പക്ഷമാണെങ്കിൽ കാരണം മധുഹൻ അപ്പൊ മധുഷൻ അനുവദിക്കും അല്ലേ അപ്പൊ പൽ ഹന്തു അപ്പൊ ഹുള്ളത് യക്കൂന്ന് അലൽസാദിൽ ചില വസ്സിന്റെ മുകളിലാണ് സാധാരണ ഹന്ത് പറയപ്പെടുന്നത് അല്ലെങ്കിൽ എഫ്തിയാനിയായ പ്രവർത്തനങ്ങളുടെ മേലെ അർത്ഥത്തിലുള്ളത് അയാളും പറഞ്ഞു അതിനെ ഒരു കാരണമാക്കുന്ന ഉദാഹരണത്തിന് അയാൾക്ക് നല്ല ഇൽമുണ്ട് ഇപ്പോ എന്ന് പറഞ്ഞു ഇൽമുണ്ട് അപ്പൊ എൽമി ഇഷ്ടിയാരിയാസ്തിയാനിയാണെന്നും പറയാ അല്ലാന്നും പറയാ ഇമാലി ഇൽമെന്നൊക്കെ പറഞ്ഞു ഇഷ്ടിയാനിയെന്നും പറയാം അയം അയാൾക്കും പറയുണ്ട് എൽമി ഇൽമ പോലെ കർമ്മ പോലെ കവറക്കാണെങ്കിൽ എഫ് ആരി ആവുകയായിരിക്കും എഫ് ആറ് പ്രകാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെന്താ നിരക്കുള്ള മധുരണ്ടാവോബിനെ ആയിരിക്കും മധുരെന്ന് പറയുന്നത് കാരണം കത്തി കവൾ തറക്കല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു അയാളെ പട്ടേതല്ലോ ഭംഗിയുണ്ടേട്ടുള്ളൂ അയാളെ ആദ്യാതിപ്പെട്ടതല്ലേ അശാഫത്തിൽ കത്തി ഒരാളെ ഉയർച്ച അധികം നീളമുള്ള ആളോ അല്ല കുരിയാടോ അല്ലാന്നുള്ളൊരു പൊക്കം അതെ സവാണിൽ ആദിമത്യാവുക ഇരിയ അതിൽ ആദിമത്യം ഉണ്ടാവട്ടെ കൈവണ്ടാവട്ടെ അല്ലെന്ന് പക്ഷെ മൂപ്പർ ഇതൊന്നും ഇങ്ങനെ വിശദീകരിച്ച് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കിട്ടാൻ ഇതൊന്നും ഈ താരീമത്ത് വന്നിട്ട് അനക്കുട്ടിന്റെ പ്രശ്നയിലാണ് വരുന്ന മേൽ പ്രേരിപ്പിക്കുന്ന കാരണം അല്ലാണ്ടാവൂല മതിഹിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന കാര്യം ലാതിമല്ലാണ്ടാവൂല എന്നാണ് പറഞ്ഞു അല്ല എക്കെ ലോട്ടറാകാ പറഞ്ഞു പോയത് ിൽ ഹു എന്ന് പറഞ്ഞാൽ എന്താമിൽ മുൻസിമി നമ്മക്കാരും ഒരു ഉപകാരം ചെയ്തു അയാളാ ആദരിക്കണം അയാൾക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണ്ടേ മുൻഹിമായ ഒരാള് ആരെയും അവരെ അറിയിക്കുന്നത് ഫീൽ ഉണ്ടാക്കി വേണ്ടു അത് നാവ് കൊണ്ട് രീതി നിൽക്കേണ്ട കൈകാര്യങ്ങൾ കൊണ്ട് ചെയ്താൽ എന്താണ് മനസ്സിലുണ്ടാകാൻ നിൽക്കേണ്ടതാണ് അപ്പൊ എന്താ ലോകത്ത് പ്രകാരം ശുക്രനാണ് അയാൾക്ക് പോകിയണ്ട് ലോകത്ത് പ്രകാരം ശുക്രന്താന്ന് ഒരാളെ നമുക്ക് ഒരു ഉപകാരം ചെയ്ത് അയാൾക്ക് ഒരാദന കൊടുക്കണം അത് നാട് കൊണ്ടു കൊടുക്കാൻ തൊക്കെയുള്ള ആ ഒരു നല്ല നല്ലൊരു വാക്കുമാണ് കൈ കാര്യങ്ങളെ കൊണ്ടുണ്ടാക്കി പ്രവർത്തിച്ച് അയാൾക്ക് വലിയ ഹിരുമത്ത് എടുത്തോട്ട് മനസ്സിൽ എപ്പോഴായാലും നല്ലൊരാളാടും നല്ലൊരു എഴുതികളും വെച്ച് തുടക്കണം എന്താ ശുക്ര ശുക്ര തന്നെയാണല്ലോ അപ്പൊ ഭാഷാർത്ഥത്തിലുള്ള ശുക്രനോട് തുല്യമായി പ്രവൃത്തിനുള്ള ഹണ്ട് നൽകാം നമുക്ക് ഒരു പ്രവൃത്തിയാഗായ കൊണ്ടൊന്നാണ് എങ്ങനത്തെ പ്രവൃത്തി ആ പ്രവൃത്തി അറിയിക്കണം വിമിൽമി നമുക്ക് നിയമത്തിൽ ചെയ്തെന്ന ആരാണോ ഒരാളോ പ്രധാനം ചെയ്തേ അയാൾ ആദരിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാകും ആ പ്രവൃത്തി കാലപെല്ലി സാൻ രാത് കൊണ്ടുപാവാം അവൽ നടുക്കാൻ അല്ലെങ്കിൽ ശരീരം കൊണ്ടുപോവാം അവൽ ജനാൻ അല്ലെങ്കിൽ മനസ്സ് കൊണ്ടുപോവാ അല്ല അപ്പൊ മൗലീദിന് ഹന്തി ലോഹത്തി ലോകത്തിന്റെ ഹന്ത് മൗലീതിന്റെ അതെ അപ്പൊ എന്ന അംഗം അത് ഹാസ്വൻ അത് പ്രത്യേകമാണ് ലിസാ കൊണ്ട് അതുകൊണ്ട് എന്ന വസ്തു അറിയുക എന്ന് പറഞ്ഞ തന ഉണ്ടല്ലോ ലായിസന്ന ആവ് കൊണ്ടേ സാധിക്കുള്ളൂ അതുകൊണ്ട് പ്രകാരമുള്ള ഹന്ത് വീട്ടാനുള്ള അംഗമേതാണ് നാവ് മാത്രമേ ആവുന്നുള്ളൂ ഇപ്പൊ മുത്താലോഹോ ഹന്തിന്റെ മുത്താലക്കോ ഹാൻവാദ നിയമത്വാ നൈർവാദാ ബാബുരുവാദാ ബാബുവാദ എന്നല്ല പറഞ്ഞത് ഏരിപ്പുൽ ഹന്തിൽ റോറൊപ്പീലുള്ള ഹന്തിന്റെ മൗരി മധുര ഉണ്ടാവേണ്ടെന്ന അംഗം ഇപ്പൊ എന്താ പറഞ്ഞത് നാവ് കൊണ്ടുപോവാ ശരീരം മനസ്സുകൊണ്ട് ആന്മായും അതേ അവസരത്തിന് അതിന് മുത്താലോ കാത്താണ് ഒരു നിയമത്തിനീതിട്ടോ മുൻജുമായിട്ടുണ്ടല്ലോ അത് തോന്നുന്നു വമ്മ ശുക്രത്തിൽ ലോകത്തിൽ ലോകത്തിലൊരു ശുക്രൊണ്ട് അതെപിഒാദീമിൽ മുൻപിമിൻ ചെയ്തു ചെയ്ത ഒരാൾ ആദരിക്കുന്ന പ്രവൃത്തി അപ്പൊ ഇതുപോലെ വമ്മൽ ഹന്തത്തിൽ ഉറപ്പി വമ്മൽ ഹന്തത്തിൽ പോവേൽ വിറ്റാദീമിൽ മുൻ അല്ല വമ്മ ശുക്ര പിന്നൊകത്തിൽ പോവേ ഞംബിഒ വിമിൽ മുൻകമി രണ്ടൊന്നയില്ലേ ഉറപ്പിലുള്ള ഹന്തും ലോഹത്തിലുള്ള ശുക്രും ഒന്നാണ് നമുക്ക് അറിയാൻ ഈ പറഞ്ഞല്ലേ പറഞ്ഞത് അപ്പൊറാബി പൊല്ലിൽ ഹന്തിൽ ഉറപ്പിങ്ങി ലുഹത്തൻ എന്താ മുഹാദി പൊല്ലിൽ ഹന്തിൽ ഉറപ്പിങ്ങി ഉറപ്പിങ്ങിയായ ഹന്തിന് മാനക്കു തുല്യമായി ഏത് ലോകത്തിലുള്ള ശുക്ര ലോകത്ത് ലോഹത്തിൽ അപ്പൊ ഈ ലുഹത്തൻ എന്നവരുടെ കഥക്ക് ശുക്രൻ നേട്ടു അവിടെ തന്നെ നോക്ക് ഒരു പണി എന്താ പണി ആ പണി അറിയിക്കണം ഈ താനീമിൽ നമ്മക്ക് ഉപകാരം ചെയ്തതിന് ആദരിക്കുന്ന പണിയാവണം നാളുകൊണ്ടോ തടി കൊണ്ടോ മനസ്സമേ കൊണ്ടോ ഇങ്ങനെ ചെയ്തോ അമ്മ ശുക്രത്തിലെ പത്തി ലുത്തിലുള്ള ശുക്ര സേന യുംബിഒ അല്ല നേരത്തെ പറഞ്ഞെന്നെങ്കിൽ പറയുന്ന സേന യു ബിഒ യുഷ്കർ വേദ യുംബിഒ എന്ന് പറയുന്നേ ഉള്ളു لتعظيم المسلمين أما فهم مرادف أما لوغفر الله الشكر أطلت اللي ما يلزلونه الحمد في الأورفة أورفل الله حمدلون كيف مرارا ذللي ما هذه اللغة شكرها يغطوا على رأسهم بكم بوضع للهامد الأورفية لغتة اللي أرجع الله أورفيا يغفر الله حمدلونه مرضا ما كان مالله أمين أعلمون الحمد الله إذن دلنا مالي ده ായ ഹു ലോഹത്തിലുള്ള ഹണ്ട് ലോഹത്തിലുള്ള ഹുബിയായ ഹർത്തം വച്ചാൽ രണ്ടിനോട് രണ്ടു ഒന്നല്ലാത്തവന്നില്ലെന്നും അപ്പോൾ ഈ ലുഹത്തൻ എന്ന താലൂക്ക് കൊടുക്കണം ഷുക്കറിലേക്ക് കൊടുക്കണം ഭാഷാപരമായി ഷുക്ർ എന്ന് പറഞ്ഞാൽ വെറുപ്പിയായ ഹന്തിലോട് തുല്യമാണ് അപ്പൊ ലുഹത്തിന്റെ താലൂക്ക് എവിടത്തേക്ക് പോകണം ഷുക്കറിലേക്കാ പോകുന്നു മുറാദിഫുൻ അത് മുറാദിഫാണ് ലുഹത്തൻ ലുഹത്തിൽ മുറാദിഫാണ് എന്തിനോട് بالحمد لله ورفعيه ورفيع يا عبدنا نور ورائفانه هذا ورفيل الحمد ولكان وغفر لك الشكر لك كل افتمانه هاي لغتان نرى الحمد لله باللغه باللغه العربيه اي محمد شكر في ورفي ورفيل الشكر ورانا تعبان الله متتلد هذا فهو صار كل عبدي جميعا من الله به عليه الله سبحانه هو النعمه هاي لنك يان الله من الله من منو അത് മുഴുവനത്തിനെയും ചെലവാക്കണം ഉപയോഗപ്പെടുത്തണം ചംഹാവട്ട പത്രാവട്ട വഴിയും എന്തും ഇരാമാടാ ഇല്ലാന്നായി പോയിട്ടുണ്ടാ ഇല്ലാന്ന ഇല്ലാന്നത് ഇരാന്നെയല്ലേ ആ ഇതിലില്ലാ അതോ തെറ്റിദ് ഇരാമാ പോലിട്ടി ഓരോ സാധനവും എന്തിനു വേണ്ടിയാണോ തുടക്കപ്പെട്ടത് അതിലേക്ക് എന്ത് ചെലവാക്കണം അപ്പൊ അതിന് കൂടി ഈ ഭക്ഷണം അമ്മാവ് ചെയ്ത നിയമത്താണ് ആ നിയമത്തിൽ ചെയ്യപ്പെട്ടത് ചാവനല്ലേ ഭക്ഷണം ഈ ഭക്ഷണം ആ പൊളിക്കൽ അതിൽ എന്തിനാന്ന് തിന്നാനുള്ളതോ ചാടാനുള്ളതോ ആ അപ്പോ അത് തിന്നാൻ വേണ്ടി അനാല ആ മാർഗത്തിലൂടെ തിന്നാൻ വേണ്ടി ഉപയോഗിച്ചാലും ശുക്രായി ചാടാൻ വേണ്ടി ഉപയോഗിച്ചാൽ ചാടാൻ പാടില്ലാന്ന് പറയുന്നത് ഒരു സാധനം കുഞ്ഞിന് വേണ്ടി പടക്കപ്പെട്ടോ ആ ലേമക്ക് ആ പടക്കപ്പെട്ട ലേഖലെന്നെ ചെലവാക്കണം അതിന് വേണ്ടി നോട്ട് ഉപയോഗപ്പെടുത്തണം നമ്മൾ ശുക്രെന്നു പറഞ്ഞ സാധനം അപ്പൊ കൊറേ ചോറ് വെച്ച് കൊറേ ചോറ് കൊണ്ടുപോയി ചാടിയാല് ആ കൊറേ നന്ദിയോട് കാട്ടി നന്ദിയോട് കാട്ടി ആ നന്ദിയോടാണ് ജീവി ചോദിക്കുകയും ചെയ്യും അതപ്പ ഹുവാർപ്പ് പ്രകാരമുള്ള ശുക്രഅ അഹസ്തുൽ ജമി നേൽപ്രയപ്പെട്ട അന്തിനെ കാണിയും എല്ലാത്തിനകത്താണ് അഹസ്ഥനമായി മാറി ശുക്രും എന്നത് ഇതെന്തുണ്ടാവും നമ്മൾ നാവുകൊണ്ട് അള്ളാഹിച്ചു നാമപ്പെട്ടത് അള്ളാഹത്താലാണ് പടക്കപ്പെട്ടത് ആ പടക്കപ്പെട്ട ചെലവാക്കി എന്ന അർത്ഥത്തിൽ എന്താ ഇത് കുറവപ്രകാരം ശുക്രായി ഭാഷ പ്രകാരമാണ് ചെയ്തത് ഹന്ധം ഇത് പറയുന്നോട്ടു ചേച്ചി കാർ ആക്കി തന്നെ അള്ളാഹക്കാരെ നൽകി അങ്ങനത്തെ സ്വജോധി ചെയ്യാനും നിൽക്കാനും ഉപയോഗപ്പെടുത്തി എന്തായി മാ പൊലീസ് അജിരിയായ അയ്യാട്ടാപനും ശുക്രന ഉപയോഗപ്പെടുത്തി അപ്പൊ ഉറുപ്പ് പ്രകാരമുള്ള ഹർദിനോട് എത്തി തനിമത്തിലെ അപ്പൊ ഈ ഉറപ്പ് പ്രകാരമുള്ള ശുക്രി ചെയ്താൽ മറ്റേ രണ്ടിനുള്ളിൽ വരുകയായിരിക്കട്ടെ വൽകലാമോരം ശുക്രി അത്തോട് ഹർദ് ശുക്രനെ സംബന്ധിച്ച് വർത്താൻ തന്നെ കുറെ നീണ്ടതാണ് പൊൻലാദക്കാരനായി പറഞ്ഞു ചുരിച്ചിട്ട ഇത് ലൈറ്റഡിൽ ഫക്കീരി ആരത്ത് നമ്മൾ പക്കീറായ ആക്കത്തില്ല ഈ കാര്യം പറയുന്ന മശ്യത്തിൽപ്പെട്ടതല്ല ഈ കാരണം അന്വേഷിച്ചത് ഇല്ലാത്ത ശുക്ർ ആ ആ ഉറങ്ങിയ ശുക്ര അതെന്താണെന്ന് തിരിയണം അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ആവശ്യം അതുകൊണ്ട് ആവശ്യമുള്ള മാതം സംസാരിക്കാം ഇത്ത മെജ്യൂന്റെ എന്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞിടത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് അത് ഞാൻ അന്ത് പറഞ്ഞു കൊടുത്തിറിയാം അതുകൊണ്ട് ശുക്രനെ പറ്റി എന്തറിയണം അതാണ് നമ്മൾ ചെയ്യേണ്ട പൊടി അതുകൊണ്ട് ശുക്കുറിനെ പറ്റി പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്യതാണെന്ന് അറിയോ ഇമാമിപ്പായിട്ട് പറയത്ത് കൊണ്ടും ഉച്ചകൃതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എല്ലാ ശുക്രന്റെ അറ്റവാ ആ നിയമത്ത് ഉപയോഗിച്ച് കുറ്റം ചെയ്യാൻ പാടില്ല അപ്പൊ കുറ്റം ചെയ്യാതിരുന്നാൽ എന്താ പറയാ വരാത്ത പക്ഷം തത് തണത്തിലേക്ക് ചിലവാക്കിയല്ലോധികം പറയുന്നത് അതിലധിക കുറവും ചെയ്തിട്ടില്ല ദോഷം ചെയ്യാണ്ട് ഒന്നും ഉപയോഗപ്പെട്ടില്ല ചെയ്യാനും പറയ താത്തിനും വേഗം പെടുത്തിന്ന് പറഞ്ഞ അതിന്റെ അടുത്തടം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ ശുക്റുവല്ല താത്ത അല്ലാത്ത ആര് വരുന്നുണ്ട് അയിൽ പറയുന്നു ആഴ്ച കേട്ടാണ് ഇത് ആദ്യമാവില്ല വൈരാടം ഞാൻ ഇനി അമ്മി നിയന്മത്തുകൊണ്ട് മാസിയത് ചെയ്യാത്ത പച്ചം കപ്പറ തറസഹായ് കാറ്റില് ചിലവാക്കിന്ന് പറയാട്ടോ പറയാന തപ്പക്കൂടെ കൂടെ ഉണ്ടായിരുന്നു തപ്പക്കുണ്ടായി ചെലവായു തപക്കോ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്ന ഈ കാത് കൊണ്ട് ഒരു കുറ്റവും ചെയ്യുന്നില്ല ദൈവത്തും കേൾക്കൂല നവീമത്തും കേൾക്കൂല പാട്ടും കേൾക്കൂല പ്രദോഷവും കേൾക്കൂല അതുകൊണ്ട് താറ്റിൽ ചിലവാക്കി ലാസ്യമാകുമെന്ന ചോദ്യം മാൽസീയത്തിന്റെ താറ്റിന്റെ ഇടയിലൊന്നും ഇത് രണ്ടും അല്ലാത്തൊരു വാസിച്ചാളവാക്കിയില്ലേ ഇത് വിട്ടാൽ ഇതേ ഉള്ളൂ നോക്കുമ്പോഴല്ലേ ഇതില്ലെങ്കിൽ ഇതിന് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുള്ളൂ താങ്കൾ ഉണ്ടാക്കുന്നില്ലേ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് താഴെ കേട്ട ആ കേൾക്കാതിരുന്നാലുവയു കേട്ടില്ല ചെറുപ്പം തന്നെ പറഞ്ഞത് ചെറുപ്പം പറഞ്ഞാൽ എന്താ മൂലക്കൊട്ടല്ല ആയ ആസിറ്റുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പൊക്കണം തന്നത് ഞാൻ കേൾക്കാണ്ട് നിൽക്കുന്നത് ഇന്ന തത്രി പ്രകാരമാകുന്നു ഞാൻ കേൾക്കാണ്ട് വെക്കുന്ന അവനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന വെച്ചാൽ തന്നെയും പ്രത്യേകം പണിയുന്നില്ല ഇങ്ങനെ ഏ ആരാച്ച് ഇപ്പൊന്നിട്ടുണ്ടായിരുന്നു ആ ആ ഉണ്ടിട്ട് വിളിക്കട്ടെ എന്താ കേട്ടോന്ന് പിന്നെ നമ്മൾ ജന കുടിക്കാത്തത് കൊണ്ട് പിന്നെ കാറ്റിന്റെ കൂലി എടുപ്പാണ് എല്ലാം എന്നാലും രോഗത്ത് അത് ഏകദേശം അങ്ങനെയാണെങ്കിൽ ജനിച്ചിട്ട് മരിക്കുന്നത് വരെ കുറ്റം ഒന്നും ചെയ്യാതെ കണ്ട ഒരു അമ്മുക്കന്റെ മനുഷ്യനെങ്ങനെ പൈടെ പാത തന്നെ ജീവിച്ചു എന്നാലും വിനായത്തിന്റെ അന്നത്തെ പദവിയിലെത്തണം കാരണം കുറ്റം ചെയ്യാണ്ടെക്കുന്ന താഴ്ന്നമുണ്ട് ഭഗവാൻ പറഞ്ഞു കുറ്റം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുകൂലിട്ട് കപ്പും നഫ്സിനാ ജിഹാദ് ചെയ്തിട്ട് കപ്പും നഫ്സിന് ഉണ്ടാക്കിയിട്ട് കുറ്റത്തിന് ഒഴിഞ്ഞു മാറിയാൽ എന്താ പറയാ കുറ്റത്തിന് പുതിയ എഴുതുമെന്നും ആ പുതി എ എല്ലാ സാഹചര്യം ഇട്ട് ഈ കുറ്റം ചെയ്യേ പോകണ്ടോ ആ സാഹചര്യത്തിൽ ജിഹാദിൽ ലക്കുമ്പോ ചെയ്തിട്ട് ഞാൻ ചെയ്യൂലെന്ന് സബലം ചെയ്താലാന്ന് കുറ്റം ഒഴിവാക്കും സാഹചര്യത്തിന്റെ പുതിയ കിട്ടുന്നുള്ളൂ എല്ലെങ്കിലോ നേരം പത്ത് മുന്നേ കണ്ടുപിടിക്കാത്ത കൂലി ഏഹ് ഇതിനാത്ത കൂലി അങ്ങനാണോ കൂലിക്കാത്ത പണിയിലൂടെ ബന്ധ കൂലിയേ കൂലി എന്തുവാ ഇനി നല്ല ഇഷ്ടമാറ്റി വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ലോകത്ത് അവരൊക്കെ മാറേ ഉള്ളൂ പിന്നെ പൈതൃ മക്കൾ പിടിച്ചുപാടും ഓണം അവർ കുറ്റം ചെയ്തില്ല കഴുത് ചെയ്തിട്ടില്ല കുറ്റം ചെയ്യാത്ത ആളെല്ലാം പാറ്റ് കാണാം അപ്പൊ എല്ലാ പിള്ളേരും പാറ്റിന്റെ അധികാരം ആടും പശു കുറ്റം ഒന്നും ചെയ്യുന്നില്ലല്ലോ പാറ്റിന്റെ അധികാരം കുറ്റം ചെയ്തില്ല അത് സാധിക്കാവൂ ആട് ആട് നേരം കണ്ടിട്ട് നടന്ന് പറഞ്ഞിട്ടില്ല ദൈവത്ത് പറഞ്ഞിട്ടില്ല ദൈവത്ത് കേട്ടിട്ടില്ല കുറ്റം ചെയ്തിട്ടില്ല ദിനാൽ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കുറ്റം ചെയ്യാതിരെന്നാണ്ടും ും ആ പാടും അത് നാം സംസാരിച്ചു കഴിഞ്ഞല്ലോ അതിനപ്പിനോട് തർക്കമുണ്ടോ സാഹചര്യത്തെ ഒത്തുകൂടിയിട്ട് ഇപ്പൊ പണിയേ ഉള്ളൂ ഈ ചെയ്യാത്തത് അവാർക്ക് കൂടി ഞാനിത് ഔദ്യൂഞ്ഞ മാറണ്ടെന്ന് എന്നതാട്ട ചെയ്തിരിക്കുന്നത് പുതിയ നാട്ടുകാർ ചെയ്തിട്ടുണ്ട് അവിടെ അപ്പൊ പാട്ടുക എന്നുള്ളത് മുജൂരിയാണോ അത്മയാണോ അവിടെ ചർച്ച അത്മയാണ് നമ്മൾ എല്ലാ താറ്റിന്റെ അധികാരം നേരെ പണ്ടർക്കം തുടങ്ങിയാൽ പൂജ കുറ്റവും ചെയ്തിട്ടില്ല ഉറക്കത്തിന്റെ താഴത്തിന്റെ പൂജ്യം ആ നല്ല താഴത്തുള്ളത് വിജൂതി ഉണ്ട് അതിമീ ഉണ്ട് ഏതാ ബുജൂതി പ്രത്യേകർക്ക് വിവാദത്തിന് ഇനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിജൂതി അതിമീ ഉണ്ട് അയനതിമി മഹൻ അതിമി അല്ല ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുകൂടിയിട്ട് അവിടെ ഞാൻ ചെയ്യൂലാണ് കപ്പിന്റെ അത് ചെയ്തിട്ട് കുഞ്ഞുമാറും അതെന്തെന്ന് ഒരു കപ്പ് പതി ആഴ കാണത് കാറ്റിന്റെ തൂറത്തതില്ലെങ്കിലും കപ്പ് വാങ്ങി കാറ്റിന് അതല്ലേ നോക്കാൻ ചെറുക്കി ഭാഗത്താൻ തന്നെ എന്തായാലും അച്ഛനെ കൊടുത്തിട്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ അത്തേമിച്ച് ഒറ്റോ വർണ്ണിക്കാറ്റിനിച്ചാൽ മതി പിന്നെ വർണ്ണിക്കാത്തിന് അടിക്കാൻ വന്നില്ല നായ്മി വന്നിട്ടില്ല അതും പറ്റോ കുറവ് നോക്കാമതി എന്നാ എന്താ ഈ പതിത്തെട്ടോ അല്ലേ അതിന്റെ അത്ത അങ്ങനെയല്ല നോമ്പിന്റെ രാജ്യമാകുന്നതിന് പൊതുവെട്ട് കൂട്ടുന്ന രാജ്യമാണ് ഐബ് കേൾക്കാതിരിക്കുന്നത് പറയാതിരിക്കുന്ന പൊതുവെ ചെലവാക്കാതിരിക്കാൻ മുതലായ കാര്യങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു മാനി വന്നു ആ മാനീയെന്ന ജീവിതത്തിൽ കൂടി ഉറക്കമുണ്ടല്ലോ ഈ പറയുണ്ടായി കണ്ട് ഉറച്ചും വിട്ടിനക്കാരെ ഉറക്കുന്നുണ്ടല്ല പഴഞ്ചെയ്യുമെന്നല്ല ഒരാള് ഉറങ്ങാതെ കണ്ട് കുറാൻ കുറാൻ ഓട്ടിനെ പോലച്ചിലല്ല അപ്പൊ ആരത്തിലെ ഈ മൂന്ന് ഒന്ന് നോമ്പുകാരൻ ആഴ്ച നാലെണ്ണ നാലെണ്ണം വന്നു നോമ്പുകാരൻ ആഴ്ച പറഞ്ഞിട്ട് എപ്പളാൻ ആയിരിക്കുന്ന സാഹചര്യം ഒന്ന് ചെയ്യാതിരിക്കുന്ന സാഹചര്യം പറഞ്ഞ സാഹചര്യം